രി ഓതാ ഐശ്വരീ മാുസ്തരാ അത്മഭ്യഞ്ജസ്തൂലധിയാ മഹർഷേദ ഉച്ച ഹരി അന്തരിക്ഷൻ ഈ മൂന്ന് യോഗികളും ഭാഗവതധർമ്മം പറഞ്ഞു ഇപ്പോ നാലാമത്തെ യോഗീശ്വരൻ പ്രബുദ്ധൻ എന്നു പേര് ആ പ്രബുദ്ധനോട് ചെന്ന് ഭാഗവതധർമ്മം എന്താണ് എന്ന് പറഞ്ഞു എന്ന് രാജാവ് ചോദിക്കാം ഭാഗവതധർമ്മത്തിനെ പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുക ബ്രഹ്മൈതദ്വിതീയം വൈ ഗീയതേ ബഹുധർഷിബിഹി ഓരോരുത്തരും അന്നു കാണത് വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ ഉള്ളു ഹരിനാരായണായനമാ ഓരോരുത്തരും അവരവരുടെ ഭാവത്തിനനുസരിച്ച് ഭഗവാനെ കാണുന്നു അപ്പോ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് പല ഭാവങ്ങൾ ഭക്തിയുടെ പല ഡയമെൻഷൻ നമുക്ക് കിട്ടും ജീവിതം ആകമാനം ഭഗവത്പരമായിട്ട് തീരുക അത് തന്നെയാണ് ഭാഗവതധർമ്മം ലളിതമായിട്ട് പറഞ്ഞത് ജഗത്തില് കാണുന്നതിനെ ഒക്കെ ഭഗവാനായിട്ട് കാണുക ഹരി എന്ന് യോഗീശ്വരൻ പറഞ്ഞു സർവഭൂതേഷു യശ്യേത് ഭഗവത്ഭാവം കപിലവാസുദേവൻ ദേവഹൂതിക്ക് ഉപദേശിക്കുമ്പോ മൂന്നാമത്തെ സ്കന്ധത്തിൽ ജഗത്തിൽ എല്ലാത്തിനെയും ഭഗവത് സ്വരൂപമായി കണ്ടുകൊണ്ട് എല്ലാവരിലും ഭഗവാൻ ഉണ്ട് എന്ന ഭാവത്തിനെ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കണം എന്ന് പറയും ഇവിടെ കാണുന്നു കാണുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ സ്പോൺറ്റേനിയസ് ആയിട്ട് അവർക്ക് ആ അനുഭവം ഏർപ്പെടുന്നു ജഗത്ത് മുഴുവൻ ഈശ്വരസ്വരൂപം ഈശാവാസ്യമിതം സർവം പക്ഷേ ഭക്തിസാധനയ്ക്ക് കപിലൻ ഒരു ഉപദേശം തരുന്നു അഥമാം ഭൂത ഭൂതാത്മാനം കൃതാലയം അർഹയേ ദാനമാന്യം മൈത്രിയ അഭി ചുഷ അഥമാ എല്ലാ ഭൂതങ്ങളിലും ഞാൻ കൊടികൊള്ളുന്നു ഭഗവാൻ കൊടികൊള്ളുന്നു കൃതാലയം ആലയം എന്ന് വെച്ചാൽ അമ്പലം കോവിൽ ഓരോ ശരീരവും ഓരോ അമ്പലം ശരീരത്തിന് അമ്പലം ഒമ്പത് ദ്വാരങ്ങളുള്ള അമ്പലം ഹൃദയം ശ്രീകോവിൽ അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ടല്ലോ കണ്ണ് ചെവി ഇതൊക്കെ ഭഗവാന്റെ മുമ്പിൽ കൊളുത്തിവെച്ച അഞ്ച് തിരി ഉള്ള വിളക്കാണത്രെ ഈ ശരീരം ക്ഷേത്രം ഹൃദയം ശ്രീകോവിൽ അഞ്ച് ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ മുമ്പിൽ കൊളുത്തിവെച്ച അഞ്ചുകാൽ വിളക്ക് ഉള്ളം പെരും കോയിൽ ഊന്ന് ഉടമ്പ് ആലയം വള്ളർപ്പിരാണാർക്ക് വായി ഗോപുരവാസൽ തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലനൈന് കാലാം അണിവിളക്കേ ശരീരം തന്നെ കോവിൽ അപ്പോ ഓരോ ശരീരവും അമ്പലം അതിനകത്ത് ഹൃദയസ്ഥാനത്തിൽ ഭഗവാൻ ഇരിക്കുന്നു അപ്പൊ ഭഗവാനെ എങ്ങനെ പൂജിക്കും എങ്ങനെ ആരാധിക്കും പൂജിക്കണം അപ്പോ കപില ഭഗവാൻ പറയുന്നു സർവേഷു ഭൂതേഷു കൃതാലയം മാം അർഹയേത്ത് അർഹയേത്ത് എന്ന് വെച്ചാൽ പൂജിക്കൂ എങ്ങനെ ദാനം കൊണ്ട് ദാനം എന്ന് വെച്ചാൽ ദാനം കൊടുക്കുന്നത് അറിഞ്ഞുകൊടുക്കണം അപ്പോ പൂജയാവും അറിയാതെ കൊടുത്താൽ പൂജയാവില്ല ഉദാഹരണത്തിന് ഞാൻ ആദ്യമായിട്ട് ബോംബെയിൽ ഭാഗവത സപ്താഹത്തിനു പോയി ഒരിടത്ത് ഭാഗവത സപ്താഹം കഴിഞ്ഞു നമുക്ക് ഉടുക്കാൻ എത്ര മുണ്ട് വേണം രണ്ടു മുണ്ടുണ്ടെങ്കിൽ മതി ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് ഇനിയിപ്പോ കുറച്ചൊക്കെ ചളിയായി പുതിയത് വേണമെങ്കിലും ഒരു നാലോ അഞ്ചോ ഉണ്ടെങ്കിൽ ധാരാളം മതി അത് നമുക്ക് ഉണ്ടോ പോകുന്നു ഈ സപ്താഹം കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോരുത്തരും ഓരോ മുണ്ട് കൊണ്ടുവന്ന് തന്നു ബോംബെയിൽ എല്ലാവരും പാന്റ് ഇടുന്നവരാണ് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല അവര് സ്നേഹം കൊണ്ട് ദാനം തന്നു ബോംബെയിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വരുമ്പോ ഒരു നാപ്പതോ അമ്പതോ മുണ്ടും ചുമന്നുകൊണ്ട് തനിയ ദാനത്തിന്റെ വെയിറ്റ് ചുമന്നുകൊണ്ട് നാട്ടില് വന്നിട്ട് എല്ലാരെയും വിളിച്ചു കൊടുക്കണം ഇതൊരു വലിയ ചുമ ദാനം എന്താ അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോ നമുക്ക് തരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ആരെങ്കിലും വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ആരോ നമുക്ക് പണം തന്ന് സഹായിക്കുന്നു അപ്പൊ ഉള്ളിലൊരു സന്തോഷം വരും വിശന്നിരിക്കുമ്പോ ആരോ ചാപ്പാട് കൊണ്ടുവന്ന് ആഹാരം കൊണ്ടുവന്ന് തരുമ്പോ നമ്മളെ അറിയാതെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഈ സന്തോഷമുണ്ടല്ലോ അത് നമ്മളുടെ ഉള്ളിലുള്ള ഭഗവാൻ അവരെ അനുഗ്രഹിക്കാം നമ്മളിങ്ങനെ കൈ ഉയർത്തി ആശീർവദിക്കൊന്നും വേണ്ട അതൊന്നുമല്ല ആശീർവാദം അതേപോലെ ലോകത്തിൽ നമ്മൾ കാണുന്നവരെയൊക്കെ ബന്ധപ്പെടുന്നവരോടൊക്കെ അവരുടെ ഹൃദയത്തിലുള്ള ഭഗവാൻ പ്രീതിപ്പെടുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതറിയണം ആർക്കെന്താണ് വേണ്ടത് ചിലപ്പോ ദാനം ഒന്നും വേണ്ട പണമോ ചാപ്പാടോ ഒന്നും ആവശ്യമില്ല പിന്നെ എന്ത് ചെയ്യും മാനം ഒന്ന് സ്നേഹത്തോടെ ഒന്ന് നമസ്കരിക്കുകയോ ഒന്നിച്ചിരിക്കുകയേ ചെയ്താൽ തന്നെ സന്തോഷപ്പെട്ടുകൊള്ളൂ സകല പ്രാണികളുടെയും ശരീരത്തിൽ ഇരിക്കുന്ന ഭഗവാൻ സന്തോഷപ്പെട്ടുകൊള്ളു ഇങ്ങനെ ജഗത്തിലെ സകല പ്രാണികളിലും ഭക്തി ചെയ്യൽ നമ്മളുടെ ഹൃദയത്തിൽ ഭക്തി ചെയ്യൽ ഉണ്ട് സകല പ്രാണികളിലും ഭക്തി ചെയ്യലുണ്ട് ഹൃദയത്തിൽ ഭക്തി ചെയ്യുന്നത് എന്താ സ്വസ്വരൂപ അനുസന്ധാനം ആത്മധ്യാനമേ ഭക്തി സകല പ്രാണികളിലും ഭഗവാൻ ഇരിക്കുന്നു എന്ന് കരുതി ചെയ്യുന്ന ഭക്തി ഇതാണ് സർവഭൂതേഷു പശ്യേത് അതെവിടെ നിന്ന് തുടങ്ങണം നമ്മൾ അടുത്തിരിക്കുന്നവരിൽ നിന്ന് തുടങ്ങണം നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടോ ആ അറ്റാച്ച്മെന്റ് ഭക്തിയാക്കി മാറ്റണം അമ്മയോട് അറ്റാച്ച്മെന്റ് ഉണ്ട് അച്ഛനോട് അറ്റാച്ച്മെന്റുണ്ട് അപ്പോ ഉപനിഷത്ത് എന്തു പറഞ്ഞു മാതൃദേവോ ഭവ പിതൃദേവോ ഭവാം ആചാര്യനോട് അറ്റാച്ച്മെന്റ് ഉണ്ട് അതിനെ എങ്ങനെ ഭക്തിയാക്കി മാറ്റും ആചാര്യദേവോ ഭവം അതിഥി വരുന്നു ഓഹ് വന്നു വീടുണ്ടാക്കുമ്പോ തത്യശാസ്ത്രം അനുസരിച്ച് വാസ്തു ശാസ്ത്രം അനുസരിച്ച് ഉണ്ടാക്കുമ്പോൾ ആളുകൾ പറയണത് ഒരുപാട് അതിഥികൾ വരാത്ത വിധത്തില് ഡോറ് വയ്ക്കണം തിഥികൾ ഉണ്ടാവണം ദിവസം അതിഥി ദേവോ ഭവ ആ അവേർഷൻ ഉണ്ടാവാതെ അത് അത് ഭക്തിയായിട്ട് മാറുന്നു ഭഗവത് പൂജയായിട്ട് മാറുന്നു കുട്ടികളെ നോക്കുന്നത് പോലും ആരാധനയായിട്ട് മാറണം അപ്പൊ അറ്റാച്ച്മെന്റ് പോയിട്ട് അത് ഭക്തിയായിട്ട് മാറും എന്റെ കുട്ടിയെ നോക്കണമല്ല അത് കൃഷ്ണൻ കുട്ടി എന്ന് കരുതുന്നതിന് കൃഷ്ണൻ കൃഷ്ണനെ ലാളിക്കലാണ് വാത്സല്യ ഭക്തി കുട്ടിയെ നോക്കുമ്പോൾ അപ്പൊ അടുത്തിരിക്കുന്നവരിൽ നിന്നും തുടങ്ങണം അറ്റാച്ച്മെന്റൊക്കെ ഭക്തിയായിട്ടും അതേപോലെ അവേർഷ വെറുപ്പ് അതും ഇത് രണ്ടുമേ മാറ്റാനുള്ളൂ നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ഭക്തി കൊണ്ട് ഉള്ളിലുള്ള ഭക്തി എങ്ങനെ പുറത്തുവരും ഭക്തി ഓരോരുത്തർക്ക് ഓരോ ഭാവത്തിലായിരിക്കും ഭക്തി തന്നെ പല വിധത്തിലുമുണ്ട് ചിലർക്ക് കൃഷ്ണൻ വാത്സല്യം ചെറിയ കുട്ടിയായിട്ടുള്ള കൃഷ്ണനായി ആരാധിക്കാൻ ഇഷ്ടം അത് അവരുടെ ഉള്ളിലുള്ള ഭാവം ചിലർക്ക് മധുരഭാവത്തിലുള്ള കൃഷ്ണനെ ആരാധിക്കാനിഷ്ടം അത് അവരുടെ ഉള്ളിലുള്ള ഭാവം ചിലർക്ക് ഗുരുവായൂരപ്പനായിട്ട് ശംഖചക്ര ഗതാപാണിയായിട്ട് ആരാധിക്കാനിഷ്ടം അവരുടെ ഉള്ളിലുള്ള ഭാവം ചിലർക്ക് അതെല്ലാം രംഗനാഥനായിട്ട് ആരാധിക്കാൻ ഇഷ്ടം അവരുടെ ഉള്ളിൽ ഭാവം ചിലർ പറഞ്ഞു ഈ ആവരണങ്ങൾ വേഷം ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഇടുപ്പിൽ കൈവെച്ചുകൊണ്ട് നിന്നാൽ മതിയോ ഭഗവാൻ എങ്ങനെ വേണോ അങ്ങനെ അവരവരുടെ ഇഷ്ടത്തിന് ഏ യഥാമാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം നിങ്ങളെങ്ങനെ എന്റെ അടുത്ത് വരുന്നുവോ അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും നിങ്ങളെങ്ങനെ ആരാധിക്കുന്നുവോ അതുപോലെ ഞാൻ ദർശനം തരും വേറെ ചിലർക്ക് ശിവഭാവമാണ് അവർക്ക് ശൂലധാരിയായി ജടാധാരിയായിട്ട് ശിവനെ ആരാധിക്കണമോ അങ്ങനെ വേറെ ചിലർക്ക് അങ്ങനെയൊന്നും വേണ്ട അവർക്ക് ശിവം ഒരു തത്വം സഗുണം പക്ഷെ സാകാരമല്ല ചിലർക്ക് സാകാര സഗുണം ചിലർക്ക് സഗുണം മാത്രം സാകാരമില്ല ഇപ്പൊ കബീർദാസ് ദോഹയൊക്കെ നോക്കിയാൽ സാകാരമില്ല സഗുണം രൂപത്തിനു പ്രാമുഖ്യമില്ല ഗുണം भगवाने सगुणट आकमी रूपमी पक्ष सगुण भक्ति सगुण भगवाने सर्वभुमें आराधिक सगुण भक्तिरवुस अदेपोल सर्वभूत भगवाने कराधिका भागवत धर्म वा मुख्यम സകലപ്രാണികളിൽ ആത്മൌപമ്യേന സർവത്ര സമം പശ്യതിയോർജുന സുഖം വാ യതിവാ ദുഃഖം സയോഗി പരമോമത ഭഗവാൻ ഗീതയില് പറഞ്ഞു എനിക്ക് ഊണ് കഴിച്ചിട്ടില്ലെങ്കിൽ വിശക്കും വിശക്കുന്ന ഒരാളെ കഴും കാണുമ്പോ ആ भाव ഉണ്ടാവും അവന് വിശപ്പുണ്ടാവുമല്ലോ എനിക്ക് വിശക്കുമല്ലോ എനിക്കറിയുന്നു അപ്പോ അന്നം കൊടുക്കുമ്പോ എന്റെ ഉള്ളില് ഐ ഗെറ്റ് റിലീസ്ഡ് ശാന്തി അവന്റെ ഉള്ളില് ഒരു സന്തോഷം ഇതൊരു ഭക്തി ഇതാണ് ഭക്തി വീട്ടില് അതേപോലെ വയസ്സായവരുണ്ട് അവർക്ക് വേറെ ഒന്നും വേണ്ട അവരൊന്ന് ശ്രദ്ധിച്ചാ മതി അടുത്തു പോയിട്ട് ഇരുന്നാ മതി സന്തോഷപ്പെട്ടു ആരും ശ്രദ്ധിക്കില്ല വാർത്താ പൃക്സതി കോപിനേഹി പവനോ നിവസതി ഗേഹേഹേ താവത് പൃച്ഛതി കുശലം ഗേഹെ യാവ വിത്തോപാർജന ശക്ത താവത് നിജപരിവാറോ രക്ത എന്നാണ് എത്ര നേരം പണം സമ്പാദിക്കാൻ ശക്തി ഉണ്ടോ അതാണ് വയസ്സായവരൊക്കെ വളരെ സൂക്ഷിക്കണം മരിക്കണവരെ പണം ആരുടെ പേരിലും എഴുതി വെക്കരുത് മരിച്ച ശേഷം എന്നെ എഴുതി വയ്ക്കാൻ പാടും എന്നാൽ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെയല്ല നമുക്ക് ഭക്തി സാധന വേണമെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തവരോടാണ് ഭക്തി ചെയ്യുക എന്താന്ന് വെച്ചാൽ അവിടെ ഭാവം ഉണ്ടാവുള്ളൂ അറ്റാച്ച്മെന്റോ അവേർഷനോ ഇത് രണ്ടും ഭക്തിയായിട്ട് മാറാം രണ്ടും ഒരേ എനർജിയാണ് നമ്മളുടെ ഉള്ളിലുള്ള ഒരേ എനർജി ഒരേ ഊർജം തന്നെയാണ് അറ്റാച്ച്മെന്റായിട്ടും അവേർഷനായിട്ടും നമ്മളുടെ ഉള്ളിൽ നിൽക്കുന്നത് ആ ഊർജ്ജം തന്നെ ഭക്തിയായിട്ട് മാറാം ഒരേ ഒരു ചലനം പ്രാണചലനം തന്നെ പ്രേമമായിട്ട് മാറാം പ്രേമം വഴിതെറ്റിയിട്ടാണ് അറ്റാച്ച്മെന്റായിട്ടോ അവർഷനായിട്ടോ മാറണത് നമ്മളുടെ ഉള്ളിലുള്ള പ്രേമം വഴിതെറ്റുമ്പോ അത് ഷോർട്ട് സർക്യൂട്ട് അടിക്കുമ്പോഴാണ് അറ്റാച്ച്മെന്റായിട്ടോ അവർഷനായിട്ടോ മാറണത് അപ്പോൾ ചിലരെ ഇഷ്ടപ്പെട്ടു ചിലരെ ഇഷ്ടപ്പെട്ടില്ല ഈ ആരെ ഇഷ്ടപ്പെട്ടുവോ ആരെ ഇഷ്ടപ്പെട്ടിട്ടില്ലയോ അവരോടാണ് ഭക്തി ചെയ്യേണ്ടത് രണ്ടുപേരോടും സമ സമം പശ്യതിയോ അർജുന ആരാധിക്ക അമ്മ അച്ഛൻ സഹോദരന്മാര് ബന്ധുക്കൾ ഭാര്യ ഭർത്താവ് ഒക്കെ അടുത്തടുത്ത് രാമകൃഷ്ണ പരമഹംസർ രാമകൃഷ്ണ പരമഹംസർക്ക് ഭ്രാന്താണ് എന്ന് നാട്ടിൽ മുഴുവൻ പാട്ടായി അദ്ദേഹം ദക്ഷിണേശ്വരം കാളി ക്ഷേത്രത്തിൽ പൂജിക്കുന്നു കമാർപ്പുക്കൂർ എന്ന് പറഞ്ഞ് വളരെ ദൂരത്തിൽ ഒരു ഗ്രാമം അവിടെ അവരുടെ അമ്മ ഈ വാർത്ത അറിഞ്ഞിട്ട് രാമകൃഷ്ണ പരമവംശരെ ചികിത്സിക്കാൻ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോ വൈദ്യന്മാരൊക്കെ പറഞ്ഞു ഇദ്ദേഹത്തിന് സൂക്കേടൊന്നുമില്ല ഇത് ഭക്തിയുടെ ആവേശമാണ് അത് കല്യാണം കഴിച്ചാൽ പോകും ചിലർ വിധിക്കണ മരുന്നാണ് കല്യാണം കഴിക്കൽ അപ്പൊ ഇവര് ഒരു വധുവിനെ അന്വേഷിച്ചു വധുവിനെ അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് ഒരിടത്തും കിട്ടിയില്ല അപ്പൊ രാമകൃഷ്ണ പരമഹംസരം തന്നെ പറഞ്ഞു ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ദൂരത്ത് അങ്ങോട്ട് പോയാൽ ജേറാമ്പാടി എന്നൊരു ഗ്രാമമുണ്ട് അവിടെ എനിക്ക് ഭഗവാൻ വിധിച്ചിട്ടുള്ള പെൺകുട്ടി അവിടെ ഉണ്ട് അങ്ങനെ ശാരദാമണി ദേവി ഇത് അഞ്ചു വയസ്സ് കുട്ടിക്ക് അഞ്ചു വയസ്സ് കുട്ടി വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞിട്ട് വീണ്ടും ദക്ഷിണേശ്വരത്തിലേക്ക് പോയി കുട്ടി അവരുടെ വീട്ടിലേക്ക് എടുത്തോണ്ട് പോയി പരമ ദരിദ്രമാണേ കുടുംബത്തില് കഷ്ടമാണ് അപ്പോ ബംഗാൾ അവരുടെ സമ്പ്രദായ പ്രകാരം പെൺകുട്ടിക്ക് വരന്റെ വീട്ടിൽ നിന്നും ആഭരണം അണിയിച്ചു കൊണ്ടുവരണം ഇവർക്ക് ആഭരണമൊന്നുമില്ല പണവും ഇല്ല അച്ഛൻ തന്നെ മഹാതപസ്വിയായിരുന്നു ത്യാഗിയായിരുന്നു രാമഭക്തൻ അവർക്ക് ഇപ്പോഴും അവർ പൂജിച്ച രാമനൊക്കെ അവിടെ ഉണ്ട് രഘുവീർ അപ്പൊ അവർക്ക് പണമൊന്നുമില്ല അവരാരടുത്തൊന്നും ആഭരണങ്ങൾ കടം വാങ്ങിച്ച് കുട്ടിയുടെ കഴുത്തിലിട്ട് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു രാത്രിയായപ്പോ അതൊക്കെ അഴിച്ചു കൊടുത്തു കുട്ടിക്ക് അറിയാൻ തുടങ്ങി അഞ്ചു വയസ്സ് കുട്ടി ശാരദാദേവി കരയാൻ തുടങ്ങി എന്റെ ആഭരണമൊക്കെ കൊണ്ടുപോകണമെന്ന് കരഞ്ഞിട്ട് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞു അവരുടെ വീട്ടിലേക്ക് എടുത്തോണ്ട് പോയി ഇത്രയേ ഉള്ളൂ കല്യാണം അത് കഴിഞ്ഞ് പതിനാറ് വയസ്സ് കഴിഞ്ഞ് പതിനേഴാമത്തെ വയസ്സായപ്പോഴാണ് കൽക്കട്ടയിലെ ഭർത്താവിന് ഭ്രാന്ത് പിടിച്ചു എന്നൊക്കെ ആളുകൾ പറയാൻ തുടങ്ങി അപ്പോഴാണ് അമ്മ ശാരദാദേവി പതിനേഴ് വയസ്സ് കൽക്കട്ടയിലേക്ക് പോയി കൽക്കട്ടയിൽ പോയപ്പോ ഭാര്യാഭർതൃ ബന്ധം അത് തന്നെ നമ്മളെ ലോകത്തിലെ സംസാരത്തിൽ കൊണ്ട് മുക്കിക്കളയും അതുതന്നെ നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഈ അമ്മ ശാരദാദേവി വരുന്നത് രാമകൃഷ്ണദേവൻ ദൂരത്തുനിന്ന് കണ്ടു വളരെ സ്നേഹത്തോടുകൂടെ പോയി കൂട്ടിക്കൊണ്ടുവന്നു പേടിച്ചതൊന്നുമില്ല മറ്റു പലരെ പോലെയും ഉപേക്ഷിച്ച് ബുദ്ധനെ പോലെ രാത്രി ഉപേക്ഷിച്ച് ഓടിപ്പോയില്ല കൂട്ടിക്കൊണ്ടുവന്നു ശാരദയ്ക്ക് താമസിക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്ത് സൗകര്യങ്ങളൊക്കെ ചെയ്ത് ശാരദയോട് പറഞ്ഞു ഞാൻ വിധിപ്രകാരം തന്നെ വിവാഹം കഴിച്ചു എന്നെ എനിക്ക് ഒരു കാര്യം അറിയാം ജീവിതത്തിന്റെ പരമലക്ഷ്യം ഭഗവത്പ്രാപ്തിയാണ് ഭഗവാനെ പ്രാപിക്കലാണ് ഭക്തിയാണ് അതിനെ എന്നെ സഹായിക്കാം അല്ല തനിക്ക് ലൗകികമായിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ തന്റെ ഇഷ്ടത്തിന് ഞാൻ വിരോധമായി നിൽക്കാൻ പാടില്ല അതും അതാണ് ഭഗവതിയുടെ ദേവിയുടെ ഇച്ഛയെങ്കിൽ അത് നടക്കട്ടെ അപ്പൊ അമ്മ പറഞ്ഞു അങ്ങയ്ക്ക് എല്ലാ തുണ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരിക്കലും ഞാൻ അങ്ങയുടെ ഇഷ്ടത്തിന് തടസ്സം നിൽക്കില്ല അങ്ങനെ തുടങ്ങി ഒരു ദിവ്യ ബന്ധം രണ്ടുപേരും പ്രിയമായി എന്നുവെച്ചാൽ നീ എന്നു അറിയാതെ ഒരു ദിവസം വിളിച്ചുപോയി അത്രേ രാമകൃഷ്ണദേവൻ ശാരദാദേവിയെ നമ്മള് സാധാരണ എല്ലാരും ഇംഗ്ലീഷിൽ നാലാമത്തെ ആൽഫബറ്റ് അല്ലാതെ വിളിക്കില്ല എ ബി സി അറിയാതെ നീ എന്ന് വിളിച്ചുപോയി അതിനൊരു ദിവസം മുഴുവൻ കരഞ്ഞുവെന്നാണ് ഒരിക്കൽ ശാരദാദേവിയുടെ കണ്ണിൽ നിന്നും കണ്ണീർ വന്നു എന്തിനോ ചെറിയൊരു കാര്യത്തിന് എന്തിനാന്ന് വെച്ചാൽ ഒരു ബിസിനസ്കാരൻ പഴം കൊണ്ടുവന്നു രാമകൃഷ്ണദേവന് കൊടുത്തു അദ്ദേഹം സ്വീകരിച്ചില്ല അദ്ദേഹം ചിലരൊന്നും കൊണ്ടുവരണ സാധനം തുടരലാണ് എങ്ങനെ പണം സമ്പാദിച്ചതാണോ അറിയില്ല അത് നമ്മൾ വാങ്ങിക്കാൻ പാടില്ല ഈ പഴം ആ അദ്ദേഹം ശാരദാദേവിയുടെ അടുത്ത് കൊണ്ടുപോയി കരഞ്ഞ് എങ്ങനെങ്കിലും ടാക്കൂറിന് കൊടുക്കണം അപ്പൊ അത് നുറുക്കി ഭംഗിയാക്കി രാമകൃഷ്ണപരമംസർക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോ രാമകൃഷ്ണദേവൻ അല്പമൊന്ന് സങ്കടപ്പെട്ടു അവരെങ്ങനെ പണം സമ്പാദിച്ചതാണോ അറിയില്ല ഏതൊക്കെ വിധത്തിൽ സമ്പാദിച്ചതാണോ അറിയില്ല ഇത് ഭഗവതി സ്വീകരിച്ചു കൊണ്ടുവന്നുവല്ലോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് അപ്പോ ശാരദാദേവി പറഞ്ഞു അങ്ങയുടെ വയറ്റില് ഇതിലൊരു കഷ്ണം പോയാൽ അവന്റെ പാപമൊക്കെ പോകുന്നു ഞാൻ അത് കരുതിയാണ് എടുത്തോണ്ട് വന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയി ഓടിപ്പോയി ഉടനെ രാമകൃഷ്ണദേവൻ അവിടുത്തെ അദ്ദേഹത്തിന്റെ മരുമകന് ഹൃദയം രാംലാൽ ഒരു ബന്ധു രാംലാലിനെ വിളിച്ചു രാംലാൽ അവരെ വിളിച്ചുകൊണ്ട് അവരുടെ കണ്ണിൽ നിന്നും ഒരു ഡ്രോപ്പ് കണ്ണീര് ചുവട്ടിൽ വീണാൽ ഞാൻ പന്ത്രണ്ട് വർഷം ചെയ്ത് തപസൊക്കെ പോയിപ്പോകും എത്ര നാരിയസ്തു പൂജ്യന്റെ രമന്തി തത്ര ദേവതാ എത്ര ഏതാസ്തുന പൂജ്യന്റെ സർവാസ്തത്ര അഫലാക്രിയാ എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുണ്ടോ ആരാധിക്കപ്പെടുന്നുണ്ടോ അവിടെ ദേവതകളൊക്കെ സന്തോഷിക്കും എവിടെ അവരെ തള്ളിക്കളയപ്പെടുന്നുണ്ടോ അവിടെ ചെയ്യുന്ന സത്കർമ്മങ്ങളും പൂജയും ആരാധനയും ജപവും ഒക്കെ അഗ്നിയില് കെട്ടുപോയി ഭസ്മത്തിൽ ഹോമിച്ച പോലെ ആയിപ്പോവും അതുകൊണ്ട് വിളിച്ചുകൊണ്ടുവരൂ രാമകൃഷ്ണ കഥ ചരിത്രം സ്വാമി ഈ ഇൻസിഡന്റ് പറഞ്ഞിട്ട് കപാലീ ഭൂതേശോ ശിവനെ വർണ്ണിക്കാം ശിവൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ശ്മശാനത്തിൽ കളിക്കുന്നു വസ്ത്രം ഉടുക്കണില്ല കപാലിയായിട്ടിരിക്കുന്നു ഭൂതേശ ഭജതി ജഗദീശീ ക പദവീം എന്നിട്ട് ജഗദീശൻ എന്ന് വിളിക്കണു അത് ശിവന്റെ വലിയ ഗൗരവം കൊണ്ടൊന്നുമല്ല ഭവാനീ ത്പാണിഗ്രഹണ പരിപാടി ഫലമിതം ഭവാനീ അമ്മയെ പാണിഗ്രഹണം ചെയ്തതിന്റെ ഗുണമാണ് എന്നാ അദ്ദേഹത്തിനൊന്നുമില്ല അതുപോലെ ആ ശ്ലോകം ചൊല്ലിയിട്ട് പറയുന്നു രാമകൃഷ്ണദേവന് മുണ്ടുടുക്കാനെ അറിയില്ല അദ്ദേഹം വലിയ പരമാംസൻ എന്നൊക്കെ പറയുന്നു എന്ന് വെച്ചാൽ ശാരദാദേവിയെ വിവാഹം കഴിച്ചതുകൊണ്ടാണ് എന്തിനു പറയുന്നു ശ്രീരാമകൃഷ്ണദേവൻ ഒരു ദിവസം ശാരദാദേവി കാൽ പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ശാരദാദേവി ചോദിച്ചു അങ്ങക്ക് എന്നോടുള്ള ഭാവം എന്താണ് രാമകൃഷ്ണദേവൻ പറഞ്ഞു ഈ ശരീരം ആരാധിക്കുന്ന ഭവതാരിണി ആ ഭവതാരിണിയും ഈ ശരീരത്തിനെ പെറ്റ ചന്ദ്രമണി ദേവിയും എന്റെ കാലു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശാരദയും ഒരേ ശക്തി കാണുന്നു മൂന്നും വേറെയല്ല ഈ ശരീരത്തിനെ പറ്റ അമ്മയും ഈ ശരീരം ആരാധിക്കുന്ന ദേവിയും അതേ ദേവി തന്നെയാണ് ഇപ്പൊ എന്റെ മുമ്പ് ചുവട്ടിലിരുന്ന് കാൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല അടുത്ത നവരാത്രി സന്ദർഭം ശാരദാദേവിയെ ദേവിയെ പൂജിക്കേണ്ട പീഠത്തിലിരുത്തി ഷോഡശോപചാര പൂജ ചെയ്തു ഭർത്താവ് ഭാര്യയെ പീഠത്തിലിരുത്തി ഷോഡശോപചാര പൂജ ചെയ്തു രണ്ടുപേരും സമാധി നിഷ്ഠയിലിരുന്നു എന്താണ് ബന്ധത്തിനെ ദിവ്യമാക്കി തീർക്കുക ബന്ധത്തിനെ ദിവ്യമാക്കി തീർക്കുക ഭർത്താവിനെ ഈശ്വരനായി കരുതണം എന്ന് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ ഗോപസ്ത്രീകൾക്ക് ഉപയോഗിക്ക ഉപദേശിക്കുന്നു ഭാഗവതത്തിൽ സ്ത്രീകളുടെ ധർമ്മം പതിശുശ്രൂഷയാണ് പതിയെ ഈശ്വരനായി കരുതുക ഇങ്ങോട്ട് കൊണ്ടെന്നാണ് എന്നാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ സർവത്തിലും എന്തിൽ അറ്റാച്ച്മെന്റ് ഇരിക്കുന്നു ഈശ്വരനായി എല്ലാത്തിനെയും കരുതാന്ന് അവിടെ ഇരിക്കുന്ന മോട്ടോർ ബൈക്ക് ആ മരം ആകാശം മണ്ണ് വീട്ടില് കൊണ്ടുവന്നിരിക്കുന്ന ചാക്കില് വെച്ചിരിക്കുന്ന അരി ഇതിനുമൊക്കെ ഈശ്വരനായി കരുതാൻ ഇപ്പൊ നമുക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല തൊഴുകയോ നമസ്കരിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷെ നമ്മൾ ബന്ധപ്പെട്ടവർ അവരോടാണ് നമുക്ക് ഈ ബന്ധം ഏറ്റവും അധികം ആവശ്യം അമ്മായി മകൻ ഒരു അമ്മായി അമ്മ മരുമകൾ ഒരു അമ്മായി അച്ഛൻ അതുപോലെ മരുമകനോ മരുമകളോ ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കുമ്പോ അവിടെ നിന്നു ഭക്തി തുടങ്ങണം ഭക്തി അവിടെ തുടങ്ങണം യേശു ക്രിസ്തു നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞു അത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ എല്ലാരെയും നിന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞു അപ്പോ ഈ ഭക്തൻ പറഞ്ഞു അത്രേ പറ്റും പക്ഷെ എന്റെ അയൽക്കാരനെ മാത്രം പറ്റില്ല അയാളാണ് പ്രാബ്ല പോയി ഞങ്ങള് തമ്മിൽ വേലി തർക്കമാണ് അപ്പോഴാണ് ക്രിസ്തു പറഞ്ഞു തന്നെ നിന്ന് ആദ്യം തുടങ്ങുക അയാളാണ് ഇപ്പൊ നിന്റെ ലോകം അയാളാണ് നന്റെ ഭക്തിക്ക് തടസ്സം അതുകൊണ്ട് അയൽക്കാരനിൽ നിന്നും ഭക്തി തുടങ്ങും ഈ രാഗദ്വേഷം നീക്കാതെ നമ്മൾ കുറച്ച് മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് ഒന്നും ഒന്നും കാര്യമൊന്നും ആവില്ല രാഗദ്വേഷ വിഷയാൻ ഇന്ദ്രിയൈ ഹി ചരന്ന് ആത്മവശ്യേര് വിധേയാത്മ പ്രസാദം അധികച്ചതി മനസ്സ് പ്രസന്നമാവണമെങ്കിൽ ഭക്തി ജീവിതത്തിൽ ഇറങ്ങി ദൈനംദിന ചര്യയിൽ ഇറങ്ങിവരണം ഭക്തി ഗേയം ഗീതാനാമസഹസ്രം ധേയം ശ്രീപതി രൂപമജസ്രം നേയം സജ്ജന സങ്കേ ചിത്തം ദീനജനായ ച വിത്തം ഭാഗവതധർമ്മത്തിനെ ചുരുക്കിയതാ ദൈനംദിന ജീവിതത്തിൽ ആരാധന പൂജ ഇതൊക്കെ ബന്ധത്തിൽ വരണം അച്ഛനോടുള്ള ഭക്തി അമ്മയോടുള്ള ഭക്തി പക്ഷെ ഇതൊക്കെ വിപരീതമായി ഉപയോഗിക്കരുത് ഈയിടെ ഒരു ഭക്തൻ പറഞ്ഞു എന്റെ കഷ്ടകാലം എന്റെ ഭാര്യയും അച്ഛനും നാമം ജപിക്കാനോ ഭക്തിമാർഗത്തിലേക്കോ വിടുന്നേയില്ല അവരെന്ത് പറയണോ അത്രയെന്ന് വെച്ചാൽ രാത്രി പത്ത് മണിയാവുന്നു ഞാൻ രാവിലെ ഏഴ് മണിക്ക് ഓഫീസിൽ പോയ രാത്രി പത്ത് മണിയായാലും എനിക്ക് സ്വാതന്ത്ര്യമില്ല എങ്ങനെങ്കിലും ഈ ജോലി ഒന്നും കുറച്ച് നാലുമണി വരെ ഉള്ള ഏതെങ്കിലും ഒരു സാധാരണ ജോലി മതി ധാരാളം പണമുണ്ട് ശാന്തമായിട്ട് ഇരിക്കാന്ന് വെച്ചാ ഭാര്യ പറയണു എനിക്ക് സൊസൈറ്റിയിൽ മറ്റുള്ളവരുടെ മുഖം കാണിക്കണം നിങ്ങള് ജോലി ഉപേക്ഷിച്ചാൽ ശരിയാവില്ല അതിനുവേണ്ടി ഭർത്താവ് കാളയെ പോലെ ചുമട് തൂക്കണം എന്നർത്ഥം അച്ഛൻ പറയണു അത്രേ നീ അമേരിക്കയിലേക്ക് പോകണം എന്നാലേ എനിക്ക് നാലുപേരോട് എന്റെ മകൻ അമേരിക്കയിൽ ഇരിക്കണു എന്ന് പറയാൻ പറ്റുള്ളൂ നീ ഭക്തിയൊക്കെ പറയണു ദശരഥൻ പറഞ്ഞത് രാമൻ കേട്ടില്ലേ നീ ചോദിച്ചു അത്ര അച്ഛൻ അപ്പൊ അയാൾ ചോദിച്ചു സ്വാമി ഞാൻ എന്താ പറയണ്ടേ അപ്പൊ എനിക്ക് അപ്പൊ തോന്നി ഞാൻ പറഞ്ഞു ദശരഥൻ പറയണത് രാമൻ കേട്ടു ദശരഥൻ ആയതുകൊണ്ട് രാമൻ ആയതുകൊണ്ട് ഇരണ്യകശിപൂ പറയണത് പ്രഹ്ലാദൻ കേട്ടില്ലല്ലോ ഇരണ്യകശിപൂ പറയണത് പ്രഹ്ലാദൻ കേട്ടില്ലല്ലോ ഇരണ്യകശിപ്പുവാണെങ്കിൽ എങ്ങനെ കേൾക്കും ദശരഥനാണെങ്കിൽ കേൾക്കാം ഇരണ്യകശിപ്പുവാണെങ്കിൽ എങ്ങനെ കേൾക്കും ഭഗവത് വചനം ചെയ്യാൻ പാടില്ല ഭക്തി ചെയ്യാൻ പാടില്ല എന്നാണ് പറയണതെങ്കിൽ ഋഷുഭയോഗീശ്വരൻ പറയണം ബന്ധം വളരെ ജാഗ്രതയായിട്ടിരിക്കും അപ്പോ ആ വിഷയത്തിൽ മാത്രം കേൾക്കണ്ട പക്ഷേ നമുക്ക് ഇവരെയൊക്കെ ഭഗവത്ഭാവത്തോടുകൂടെ കണ്ടിട്ടല്ലാതെ നമുക്ക് നമ്മൾക്ക് ആരോടൊക്കെ ബന്ധമുണ്ടോ അവരിലൊക്കെ ഭഗവാനെ കണ്ട് ഏതെങ്കിലും വിധത്തിൽ ആ ജീവനോട് നമുക്കൊരു കടം തീർക്കാനുണ്ട് ശ്രാദ്ധം ചെയ്യും മക്കൾ അച്ഛനും അമ്മയും ഉള്ള കാലത്ത് നോക്കുകയേയില്ല അവര് ഓൾഡ് ഏജ് ഹോമിലോ ഏതെങ്കിലും ഏജ് ഹോമിലിരിക്കും എന്നിട്ട് മരിച്ചു കഴിഞ്ഞ് ശ്രാദ്ധം ചെയ്യും മരിച്ചു കഴിഞ്ഞ് ശ്രാദ്ധം ചെയ്യണത് അവരോട് സ്നേഹം കൊണ്ടല്ല പേടി കൊണ്ട് മരിച്ചു കഴിഞ്ഞ ആളെ എല്ലാവർക്കും പേടിയാണ് ഭാര്യ തലേദിവസം വരെ ശണ്ട കൂടി ഭർത്താവിനെ അടിച്ചു ഒതുക്കി ഇരുത്തിയ ഭാര്യയാണെങ്കിലും മരിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ ഒന്ന് രാത്രി ഇരിക്കൂ എന്ന് പറഞ്ഞു അയ്യോ വേണ്ട ആരെങ്കിലും തുണക്കിയിരിക്കും ചിലപ്പോ രാവിലെ എണീറ്റാ രണ്ടെണ്ണം കിടക്കും പേടിച്ചിട്ട് അതിന്റെ കൂടെ ജീവനുള്ള ശരീരത്തിനെ മരിച്ചാൽ അത് എന്തെങ്കിലും നമ്മള് സിനിമയും നാടകവും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ പ്രേതം വരും ഒന്ന് പേടി എല്ലാ പ്രേതവും വെള്ള വസ്ത്രം കൊടുത്തിട്ട് വരും എന്താന്ന് മനസ്സിലായില്ല പേടി ഭയം അതുകൊണ്ടാണ് പലപ്പോഴും ശ്രാദ്ധവും ശ്രാദ്ധം എന്ന് വെച്ചാൽ ശ്രദ്ധയെ കുറിക്കുന്നതാണ് ശ്രദ്ധ എപ്പൊ കാണിക്കണം ആദ്യം അവർ നമുക്ക് പിതൃ ഋണം ഉണ്ട് ഋഷികളോട് ഋണം ഉണ്ട് ഭൂതങ്ങളോട് ഋണം ഉണ്ട് സഹജീവികളോട് ഋണമുണ്ട് ദേവതകളോട് ഋണമുണ്ട് ഈ ഋണം എങ്ങനെ തീർക്കും ഋണം എന്ന് വെച്ചാൽ കടം കടം എങ്ങനെ തീർക്കും ഋഷികളോടുള്ള ഋണം ഋഷികൾ നമ്മൾക്ക് വേണ്ടി ഭാഗവതവും ഗീതയും ഉപനിഷത്തുകളും എത്രയോ വഴികാട്ടികളായി ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു അതൊക്കെ അധ്യയനം ചെയ്ത് അതിന്റെ അർത്ഥം റിയുന്നത് കൊണ്ടും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ടും ഋഷി ഋണം തീരും അങ്ങനെ തീരുവുള്ളൂ അല്ലാതെ കണ്ട ഋഷിം തർപ്പയാമി എന്ന് പറഞ്ഞിട്ട് ഋഷികളെ ശ്രദ്ധിക്കുകയേ ചെയ്യാത്തതുകൊണ്ടും ഒരു പ്രയോജനമില്ല ഋഷിപത്നി തർപ്പയാമി വായു കൊണ്ട് പറയലേ ഉള്ളൂ ഋഷികടം അങ്ങനെ തീരില്ല ഋഷികളോട് രണ്ട് പിതൃണം പിതൃണം മരിച്ചിട്ട് ശ്രാദ്ധം ചെയ്യുന്നത് കൊണ്ട് തീരില്ല മരിച്ചിട്ട് ശ്രാദ്ധവും ഭക്തിയാണ് അതൊരു ഭക്തിയുടെ ഭാവമാണ് പലരും ചോദിക്കും എന്തിന് ശ്രാദ്ധം മരിച്ചു കഴിഞ്ഞാൽ ഈ ജീവൻ വേറെയൊടുത്തു പോയി ജനിക്കുന്നു വാസാംസി ജീർണനി യഥാവിഹായ നവാനി ഗൃഹാത്തി നരോപരാണി തഥാശരീരാണി വിഹായ ജീർണാനി അന്യാാനി സംയാതി നവാനിദേഹി അപ്പൊ ശ്രാദ്ധത്തിന് എന്ത് ശ്രാദ്ധത്തിനും ഇതിനു ഒരു ബന്ധവുമില്ല ഇതിന് വലിയ എക്സ്പ്ലനേഷനൊന്നും കൊടുക്കേണ്ട ആവശ്യവും മരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ഒഴിക്കുന്ന വെള്ളം അവിടെ പോകും അങ്ങനെയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല സിമ്പിൾ കാര്യം നമ്മൾക്ക് ആരോടൊക്കെ ബന്ധമുണ്ടോ അവരോടൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്ത ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കില്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ജീവിതം മുഴുവൻ ഋഷികൾ കണ്ടെത്തിയ ഒരു കാര്യമാണ് श्रद्धा, വാങ്ങിക്കുന്നത് കൊണ്ട് സന്തോഷം വരില്ല ആ കൊടുക്കുന്നത് കൊണ്ടേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു സീക്രട്ട് ഋഷീശ്വരന്മാർ കണ്ടെത്തി നമ്മൾ ഇവരിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അച്ഛന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് മുത്തശ്ശന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതിനു മുമ്പുള്ള പരമ്പരയിൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മളുടെ ഉള്ളിൽ ഒരു വെയിറ്റ് ഉണ്ടാവും വാങ്ങിച്ചാൽ വെയിറ്റ് കൂടും കൊടുത്താൽ ലൈറ്റ് ആവും അപ്പൊ അവരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടല്ലോ തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കാൻ എന്താ ജീവിക്കുമ്പോ ആദ്യം അവരെ ഭക്തിയോടെ നോക്കണം അവരെങ്ങനെ ഉള്ളവര് വേണമെങ്കിലും ആവട്ടെ ഭക്തിയോടെ നോക്കാം പ്രേമത്തോടെ നോക്ക കൊടുക്കാം വാരി വാരി അവർക്ക് അവര് നമുക്ക് വിപരീതമാണെങ്കിൽ അത്രയും നല്ലത് അത്രയും ഭാരം കുറയും വിപരീതമാണെങ്കിൽ നമുക്ക് കർമ്മഫലം വരുകയേ ഇല്ല അവര് നമ്മളോട് സ്നേഹമുള്ളവരാണെങ്കിൽ കുറച്ചിങ്ങിടും വരും അവർ നമുക്ക് വിപരീതമാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നോറ് നമ്മളുടെ വെയ്റ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് വേണ്ടത് ഭംഗിയായി ചെയ്താൽ മരിക്കുമ്പോൾ കുത്തില്ല നമ്മളുടെ ഉള്ളിൽ അല്ലെങ്കിൽ പിന്നീട് നമ്മളുടെ മനസ്സാക്ഷി കുത്തും ഒരു അധ്യാത്മികമായ പുരോഗതിയും ഉണ്ടാവില്ല അപ്പോ അത് ജീവിക്കുമ്പോൾ ചെയ്തു മരിച്ചു കഴിയുമ്പോഴോ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കുന്നു ഓരോ വർഷവും കഴിയുമ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അത്രയേ നമ്മളുടെ ശ്രദ്ധയാണ് മുഖ്യം പുരോഹിതൻ ശരിയില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ശ്രദ്ധയുണ്ടോ അത് മതി ശ്രദ്ധയാണ് മുഖ്യം നമ്മൾ ശ്രദ്ധയോടെ അവരെ ആരാധിക്കുന്നു അവരെ ഭഗവത് സ്വരൂപമായിട്ട് ആരാധിക്കും സാക്ഷാത് വിഷ്ണു സ്വരൂപമായിട്ടാണ് പിതൃക്കളെ ആരാധിക്കുന്നത് അല്ലാതെ പിതൃക്കളായിട്ടല്ല അപ്പൊ നമ്മളുടെ കടം തീരുകയാണ് യു ഗെറ്റ് റിലീസ്ഡ് പലപ്പോഴും പല വ്യാധികളും വരാൻ കാരണം നാടികളിലൂടെ പ്രാണൻ ശരിക്ക് ചലിക്കാത്തത് പ്രാണൻ എന്തുകൊണ്ട് ചലിക്കുന്നില്ല ഉള്ളിൽ ചിത്തവൃത്തികൾ അവിടെവിടെ കോൺഫ്ലിക്ടിന്റെ രൂപത്തിൽ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നത് പ്രാണൻ ശരിക്കും ചലിക്കുന്നില്ല ഈ ബ്ലോക്ക് എങ്ങനെ വന്നു പല ആളുകളോടും നമുക്ക് കൊടുക്കാനുള്ളതിന്റെ ഒക്കെ കോൺഷ്യൻസ് സ്പ്രിക്ക് ഉള്ളിലെ കോൺഫ്ലിക്റ്റ് ആയിട്ട് അവിടെവിടെ കിടക്കുന്നുണ്ട് അത് പ്രാണന്റെ ഒഴുക്കിനെ തടസ്സം ചെയ്യും അതുകൊണ്ട് പ്രാണന്റെ ഒഴുക്ക് തടസ്സം ചെയ്യുമ്പോൾ പല വ്യാധികളുടെ രൂപത്തിൽ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും അത്ഭുതമായ ചില കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഹൈലി ഡയബറ്റിക് ആയിട്ടുള്ള ആളുകള് ഒരു മരുന്നു കൊടുത്തും ചികിത്സിച്ചില്ല ഒരാൾ എനിക്കറിയുന്ന ഒരാൾ ചികിത്സിച്ചിട്ട് ഇൻസുലിൻ ഒന്നും പ്രയോജനപ്പെട്ടില്ല ആ സ്ഥിതിയില് ഇയാള് സേലത്തിനടുത്ത് ഒരു സിദ്ധനെ കണ്ടു ആ സിദ്ധൻ പറഞ്ഞു ദിവസം ഒരു അറുപത് പേർക്ക് ശാപ്പാട് കൊടുക്കുക എന്ന് അപ്പൊ ഇയാള് പറഞ്ഞു കേരളമാണ് ആരും വിളിച്ചാൽ വരില്ല തമിഴ്നാടാണെങ്കിൽ പിന്നെ ആളെ കിട്ടും ഇവിടെ അറുപത് പേരെയൊക്കെ കിട്ടാനോ മനുഷ്യർ തന്നെ വേണമൊന്നുമില്ല കാക്കയോ പൂച്ചയോ നായോ സന്തോഷമായിട്ട് കഴിക്കുന്ന ഹൃദയത്തിന് കൊടുക്കാം ഇയാള് ഹി സ്റ്റാർട്ട് ഗിവിങ് ദിവസം പണമുണ്ട് ധാരാളം അത്ര കാലം ചെലവാക്കിയിട്ടില്ലേ കൊടുത്തു കൊടുത്തു കൊടുത്തപ്പോ ലൈറ്റായി നായ്ക്കൾക്ക് കൊടുത്തു തുടങ്ങി കാക്കകൾക്ക് കൊടുത്തു തുടങ്ങി വിശന്ന് വരുന്നവർക്ക് കൊടുത്തു തുടങ്ങി ഒരു മൂന്ന് നാലു മാസം കഴിഞ്ഞതും ഡോക്ടർമാർ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ ഡയബറ്റീസ് ലെവൽ നോർമലിലേക്ക് വന്നു ഇതൊക്കെ റെയർ കേസസ് ചിലപ്പോ നമ്മളുടെ വ്യാധി പോലും നമ്മളുടെ അഹങ്കാരമാണ് മൂലകാരണം ശരീരവ്യാധിക്ക് പോലെ അഹങ്കാരം മൂലകാരണം ഋഷി ഋരണം പിതൃകൃണം ഋഷീ ഭാഗവതത്തിൽ പറയുന്നത് ആ നായ അണ്ണാൻ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ജീവികളെയൊക്കെ ആത്മനഹാപുത്രവത് പശ്ചിയെ തീർന്നു അവരവരുടെ കുട്ടികളെ പോലെ കാണണം എന്നാണ് സത്യമസ്കന്ധത്ര എന്നുവച്ചാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ കൊടുത്തു തീർക്കണം അവരൊക്കെ ആരാണെന്ന് അറിയില്ലേ പ്രത്യേകിച്ച് നമ്മളുടെ വീട്ടിലേക്കൊക്കെ വരുമ്പോ അധികവും നമുക്ക് ഉറപ്പിക്കാം നമ്മളുടെ പൂർവികന്മാരാരോ ആണ് നമുക്കറിയില്ല കൊടുത്തു തീർക്കുക നമ്മളുടെ അടുത്ത് വാങ്ങിക്കാം വന്നിരിക്കുക ചിലപ്പോ അച്ഛനെയോ മുത്തച്ഛനെയോ അമ്മായി അച്ഛനെയോ ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല അവരിപ്പോ പൂച്ചയായിട്ട് വരുമ്പോ നല്ല പെണ്ണം നോക്കും ജീവനോടെ ഇരിക്കുമ്പോ നോക്കില്ല പൂച്ചയായിട്ടോ ഫാമറേണിയെ നായ്ക്കുട്ടിയായിട്ടോ വന്ന് അതിന് സ്പെഷ്യൽ ബെഡ് എ സി റൂം സ്പെഷ്യൽ ഫുഡ് എല്ലാം കൊടുക്കും അപ്പൊ അത് അങ്ങനെ കടം വാങ്ങിച്ചുകൊണ്ട് പോകും അവര് നമ്മളുടെ പിതൃക്കള് വര് തന്നെ ആയിരിക്കും ആ രൂപത്തിൽ വരുന്നത് കടം മുഴുവൻ തീരണം കടം മുഴുവൻ തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ റിലീസ്ഡാവേയില്ല എങ്ങനെ തീരും കൊടുക്കുന്നത് കൊണ്ട് തീരുന്ന കൊടുത്തു കൊടുത്ത് കൊടുത്ത് തീർക്കാം വാങ്ങിക്കുന്നതിനേക്കാളും കൊടുക്കാണ് അപ്പൊ ഇത് ഭാഗവതധർമ്മത്തിന്റെ ഒരു ഭാഗമാണ് ദേവതകൾക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ ചുറ്റുമുള്ള വൃക്ഷങ്ങൾ പ്രകൃതി പ്രകൃതിയിൽ കാണുന്നതൊക്കെ അതിനൊക്കെ കൊടുത്ത് തീർക്കാം അപ്പോ ഇത് ഭാഗവതധർമ്മത്തിന്റെ ഭാഗമാണ് സർവേഷു ഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേത് ദാനമാനാഭ്യാം മൈത്രിയാ ഒന്നുമില്ലെങ്കിൽ മൈത്രിഭാവം അഭിന്നേന ചക്ഷുഷ എങ്ങനെ കൊടുക്കണം ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഭാവത്തോടെ കൊടുക്കണം എന്നാണ് എനിക്ക് തന്നെ കൊടുക്കുന്ന ഭാവം എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഞാൻ എനിക്ക് ദിവസം ഷാപ്പാട് കൊടുക്കണോ അല്ലേ ദേഷ്യമേ വരണില്ല എന്റെ ശരീരത്തിനോട് വേറെ ഒരാൾക്ക് ഒരു ദിവസം ഷാപ്പാട് കൊടുക്കും രണ്ടു ദിവസം ഷാപ്പാട് കൊടുക്കും മൂന്നാമത്തെ ദിവസം വന്നാൽ ഓ ദിവസം ആ സമയമാവുമ്പോ വരികയാണ് പിന്നീ രണ്ടു മൂന്ന് ദിവസം കൊടുക്കായി അതെ ഈ വെറുതെ മറ്റുള്ളവരെ വീട്ടിൽ പോയി ഊണ് കഴിക്കണത് നല്ലതല്ല ഉപദേശം സന്തോഷിക്ക നമ്മളുടെ ശരീരത്തിന് കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ ദിവസം ആ ഭാവത്തോടെ കൊടുക്കാൻ കഴിയും എങ്കിൽ അത് ഭക്തിയായിട്ട് തീരും എന്നാണ് അപ്പോ ഭാഗവതം കേൾക്കാൻ വരുന്ന ഒരാളെ നമ്മൾ വെളിയിൽ കൊണ്ടാക്കുകയാണ് അപ്പോ ഭാവം അദ്ദേഹം എവിടെങ്കിലും ഇരുന്ന് ഭാഗവതം കേൾക്കാം എന്നതാണ് നമ്മളിപ്പോ അദ്ദേഹത്തെ വെളിയിൽ അയാൾ വരും ഇനിയും കൊണ്ടാക്കിയാലും അപ്പോ ഭാഗവതധർമ്മം എന്താണ് എന്ന് ചോദിക്കാണ് പ്രബുദ്ധൻ എന്ന യോഗീശ്വരനോട് അപ്പോ പ്രബുദ്ധൻ പറയാണ് ഭാഗവതധർമ്മം അദ്ദേഹത്തിന്റെ പ്രഭാഷണം കർമാണി ആരഭമാണാനം ദുഃഖഹത്യൈ സുഖായ പശ്യേത് പാകവിപര്യാസം മിഥുനീചാരിണാം നൃടാം അദ്ഭുതമായ ശ്ലോകം ലോകത്തിലെല്ലാവരും കർമ്മം ചെയ്യുന്നു ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ പ്രയോജനം എന്താ ദുഃഖഹത്യൈ സുഖായ സുഖം വേണം എന്നുള്ള ആഗ്രഹം ദുഃഖം വരാൻ പാടില്ല ഇതിനാണ് കർമ്മം ചെയ്യുന്നത് ദുഃഖഹത്യൈ സുഖായ അങ്ങനെ കർമ്മം ചെയ്യുമ്പോ മിഥുനീചാരിണാം നൃണാം ഗൃഹസ്ഥന്മാർ ഗൃഹസ്ഥന്മാർ വിവാഹം കഴിച്ച് കുടുംബത്തിൽ വസിക്കുമ്പോ കർമ്മങ്ങൾ ചെയ്യുന്നു അതിന്റെ ഫല അതിന്റെ ഉദ്ദേശം എന്താ എനിക്ക് സുഖം വേണം ദുഃഖം വരാൻ പാടില്ല അതിനാണല്ലോ എല്ലാവരുടെയും പ്രവൃത്തി പക്ഷേ പാക വിപര്യാസം വിപരീത ഫലം എന്നാണ് ലോകത്തിൽ ചെയ്യുന്ന കർമ്മത്തിന് സുഖം ഒരു ലിമിറ്റിന് മേലെ ദുഃഖം ധാരാളം വരികയും ചെയ്യുന്നു എന്നാൽ ദുഃഖം ധാരാളം വന്ന് ഉപേക്ഷിക്കാം എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുന്ന സമയത്ത് അല്പം സുഖം കിട്ടും അതാണ് മായ സ്വാമി വിവേകാനന്ദൻ ഒരടുത്ത് പറയുന്നു മായ നമ്മുടെ ചകിടത്ത് അടിക്കൂ അത്ര അടിച്ച് വേദനിച്ച് നമ്മൾ ഉറക്ക കരഞ്ഞിട്ട് ഇനി മതി എന്ന് വിചാരിക്കുമ്പോ വായിലൊരു ചോക്ലേറ്റ് ഇടുന്നു അപ്പൊ ഇനിയും സുഖം കിട്ടും എന്ന് വിചാരിച്ച് അതിലേക്ക് വീണ്ടും പോവായി ഇതാണ് മായയുടെ ട്രാപ്പ് ഒരു വശത്ത് ദുഃഖം മറ്റൊരു വശത്ത് അൽപ്പൽപസുഖം സ്വർണ്ണപാത്രത്തിൽ പാൽപ്പായസം കൊണ്ടുവന്ന് വയ്ക്കും മായ ആഹാ പാത്രം സ്വർണം ഉള്ളത് പായസം കുടിക്കൂ സ്നേഹത്തോടെ കൊണ്ടു എടുത്തൊരു സ്പൂൺ കുടിച്ചു അതിൽ ഇത്തിരി പായ്സൺ ഉണ്ടായിരുന്നു പാത്രം സ്വർണം കൊണ്ടുവന്നത് പായസം കുടിച്ചു കഴിഞ്ഞപ്പോൾ പറയണു അല്പം പായ അതിൽ വിഷമമുണ്ടായിരുന്നു ഇതാണ് ലോകത്തിലെ എല്ലാ വസ്തുക്കളുടെയും സ്വഭാവം എന്നാണ് എത്ര കാണാൻ സുഖമുള്ള വസ്തുവാണെങ്കിലും അതിൽ ദുഃഖം ഒളിഞ്ഞു കിടക്കും ദുഃഖയോനയാഹ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു ദുഃഖയോനി എന്നാണ് കാലത്തിൽ പ്രസവിക്കും ഇപ്പൊ അറിയില്ല ഉള്ളില് കിടക്കും കാലത്തിൽ പ്രസവിക്കും അപ്പോ പശ്യേത് പാകവിപര്യാസം മിഥുനീചാരിണാ നൃണാം സുഖമനുഭവിക്കാനായി മനുഷ്യൻ എന്ത് ചെയ്യുന്നു പണം പണം പണം പണം ധാരാളം പണം ഭജഗോവിന്ദം ആരംഭിക്കുമ്പോഴേ അത് ആദ്യത്തെ പാട്ടത മൂഢജഹീ ധനാഗമതൃഷ്ണാ കുരുസദ്ബുദ്ധിം മനസി വിതൃഷ്ണാ യല്ലഭസേനിജ കർമ്മോപാത്തം വിത്തേന വിനോദയ ചിത്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമത്തെ മൂഢജഹീഹി ധനാഗമതൃഷ്ണ ഹേ മൂഢ എത്ര പണം കിട്ടിയാലാണ് നിനക്ക് തൃപ്തി വരാ നിത്യാർത്തിന വിന ദുർഭന ആത്മമൃത്യുന ഗൃഹാപത്യാപ്ത പശുബിഹി കാപ്രീതിഹി സാധിതൈഹി ചലൈഹി പണം എത്ര കിട്ടിയാൽ തൃപ്തി വരിക കുരു സദ്ബുദ്ധിം ഈ അസത്തില് ബുദ്ധി വയ്ക്കരുത് അത് വരികയും പോവുകയും ചെയ്യും പണം വേണം വേണം എന്ന് വിചാരിക്കുമ്പോ വരില്ല വിദ്യാരണ്യസ്വാമികൾ സന്യാസിയാവുന്നതിനു മുമ്പ് പരമദരിദ്രനായിട്ടിരുന്നു അത്രേ पण किटे लक्ष्मिये तपस्प लीवी मे आविर्भव अल धनयोगमी अद अन्म तपस्टक्ट धारा पण कदम लक्ष्मिये पच्चीन तीन मानु एम अन्म सन्यासमे अड़ जन्म ई जन्म क അതുകൊണ്ട് അദ്ദേഹം സന്യാസം എടുത്തു സന്യാസം എടുത്തപ്പോ ആകാശത്തുനിന്ന് പണം അങ്ങനെ കുമിഞ്ഞു വീണു അത്രേ അദ്ദേഹത്തിന് മനസ്സിലായി താൻ പറ്റിക്കപ്പെട്ടു എന്താന്ന് വെച്ചാൽ സന്യാസിക്ക് പണം എന്തിന് സന്യാസം എടുത്തു സന്യാസിക്ക് പിന്നെ പണം എന്ത് ചൂല് കൊണ്ടുവന്ന് അടിച്ചൊക്കെ ദൂരെ കളഞ്ഞു അത്രേ അത് അന്നത്തെ സന്യാസി അപ്പോ ധനാഗമതൃഷ്ണാംബുദ്ധി മനസിവി തൃഷ്ണാം പണമില്ലാതെ എങ്ങനെ ജീവിക്കും ഇവ പ്രഭാഷണം നടക്കുവോ നിങ്ങൾ അവിടെ നിങ്ങൾ വരാൻ പറ്റുമോ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് എന്ത് കാര്യം എല്ലപസേ നിജകർമ്മോപാത്തം ഒന്നും നിഷേധിച്ചില്ല കർമ്മം ചെയ്തിട്ട് പ്രവൃത്തിയുടെ ഫലമായി എന്ത് കിട്ടുന്നുവോ എതിർച്ചയ എന്ത് കിട്ടുന്നുവോ പ്രാരബ്ധസന അനുസരിച്ച് എന്ത് കിട്ടുന്നുവോ അതുകൊണ്ട് വിനോദയ ചിത്തം ബേസിക് നെസസിറ്റീസ് എന്ന് പോലും പറഞ്ഞില്ല സന്തോഷമായിട്ടിരുന്നുള്ളൂ അന്ന് ബേസിക് നെസസിറ്റീസ് എന്ന് പോലും നിർത്താതെ സന്തോഷമാണ് വിനോദയ ചിത്തം എന്താന്ന് വെച്ചാൽ ഗൃഹസ്ഥന്മാർക്ക് ഒരു ഒരു ലൈസൻസ് കൊടുക്കണം ഒരു ലിമിറ്റേഷൻ ഒരു ഒരു വട്ടം കുറച്ച് നീട്ടിക്കൊടുക്കണം എന്ന് അദ്ദേഹത്തിനും അറിയാം അതുകൊണ്ട് വിനോദയ ചിത്തം എന്ന് തന്നെ പറഞ്ഞു പക്ഷെ അതിനുവേണ്ടി ജീവിതം തൊലച്ചു കളയരുത് പണം സമ്പാദിക്കാനായിക്കൊണ്ട് തന്നെ ജീവിച്ചാൽ എന്തു പ്രയോജനം സാധ്യതഹി ക്കും ചലൈഹി അതുമാത്രമല്ല പണം മാത്രമാണോ ഗൃഹാപത്യ ആപ്ത പശുഭിഹി എന്റെ വീട് എന്റെ കുടുംബം എന്റെ ധനം എന്റെ സ്വത്ത് നീലകണ്ഠ ദീക്ഷിതർ മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ അടുത്ത വീട്ടിൽ വലിയൊരു ജമീന്ദാർ ധാരാളം പണമുണ്ട് കുട്ടികളുണ്ട് അന്നത്തെ കാലത്തൊക്കെ പണക്കാരൻ എന്നുള്ളതിന് ധാരാളം പശുക്കളും ഉണ്ടാവും വീട്ടിൽ അദ്ദേഹം ദിവസം ദീക്ഷിതരുടെ അടുത്ത് വരും ചില ആളുകളുടെ അടുത്ത് നമുക്ക് വർത്തമാനം പറയാനേ പറ്റില്ല വന്നിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അങ്ങട് ഇങ്ങടെ രണ്ട് വർത്തമാനം അത് ഞാനിപ്പോ സ്റ്റേറ്റ്സിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് വിസ കിട്ടിയിട്ടില്ല വെറുതെയാണെങ്കിൽ എന്റെ മകളോ മകനോ അവിടെ ഉണ്ടോ എന്ന് പറയണം അത്രേ ഉള്ളൂ കാര്യം അവര് അവിടെ ആ ജോലിയാണ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുകയില്ല പിന്നെ നമ്മൾ നമ്മളുടെ തകരെടപ്പ കൊട്ടാൻ തുടങ്ങിയാൽ അവര് നിർത്തും ദേ വിൽ നോട്ട് ലിസൺ നമ്മൾ കൊട്ടി നിർത്തുന്നവരെ അവർ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുന്നത് അവർ കേൾക്കണോന്ന് അർത്ഥമല്ല നമ്മൾ നിർത്താൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ തുടങ്ങും ഇത് ഡം ഡം ഈ ജമീന്ദാർ നീലകണ്ഠാ ദീക്ഷിതരുടെ അടുത്ത് വന്ന് പറഞ്ഞു അഭയ്യാ ദീക്ഷിതരുടെ മരുമകനാണ് അദ്ദേഹം മഹാകവിയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്റെ കുട്ടികള് എന്റെ വീട്ടിലെ പശു എന്റെ വീട് എന്റെ സ്വത്ത് എന്റെ എന്റെ സംസ്കൃതത്തിൽ എന്റെ എന്നുള്ളതിന് മേ മേ മമാ മേ മേ മേ ഒരു ദിവസം മതിയായി അദ്ദേഹത്തിന് എത്ര ദിവസം തന്നെ കേൾക്കും ഈ പുരാണം അവിടെ ഒരു ആടിനെ കെട്ടി നിർത്തിയിട്ടുണ്ട് ആ ആട് മേ മേ മേ നിലവിളിക്കുന്നു ഈ അതേ കഥ തന്നെ അപ്പോ ദീക്ഷിതരെ ചോദിച്ചു ഒരു ദിവസം നിങ്ങളെ കുറിച്ച് ഞാൻ ഒരു പാട്ട് പാടട്ടെ ശ്ലോകം എഴുതട്ടെ ഓ എന്താന്ന് വെച്ചാൽ നീലകണ്ഠ ദീക്ഷിതരെ പോലുള്ള കവികൾ രാജാക്കന്മാരെ സ്തുതിക്കുന്നവർ എന്നെ സ്തുതിക്കുകയാണെങ്കിൽ എത്ര വലിയ സ്ഥിതി പാടു േ തനയായിമേമേ ഗൃഹായിമേമേ ഇമേ മേ ഗൃഹായിമേ മേ പശവശ മേ മേ ഏം നരോ മേഷ സമാനധർമ്മ മേ മേ കരകാലേണനീത ഈ ആട് മേ മേ മേ അതേപോലെ മേ മേ സമാനം ദാരിമേ മേ ഭാര്യ തനയായിമേ മേ കുട്ടികൾ ഗൃഹായിമേമേ എന്റെ വീട് പശപശ്ചേമേ എന്റെ വീട്ടിലുള്ള പശുക്കൾ ഏവം നറ ഇങ്ങനെ മനുഷ്യൻ മേ മേ നടിനെ പോലെ നിലവിളിച്ചുകൊണ്ടിരുന്നാൽ ആട് നിലവിളിച്ചാൽ എന്താവും കുറുക്കൻ കൊണ്ടുപോകും അതുപോലെ നിങ്ങളും മേ മേ യമൻ ആവുന്ന മൃഗം നിങ്ങളെ പൊക്കിക്കൊണ്ടുപോകും കാലവൃക്കേണ നീതഹാൻ ആരെങ്കിലുമൊക്കെ തകരടപ്പ കൊട്ടാൻ തുടങ്ങിയാൽ ഈ ശ്ലോകം ചൊല്ലിയാൽ മതി ഇനി അപ്പോ ഇത് എന്ത് ഗൃഹാപത്യ ആപ്ത പശുപിഹി കാപ്രീതി ചലൈഹി ഈ ലോകം നശ്വരമാണ് പ്രബുദ്ധൻ പറയാണ് നിങ്ങൾ ഇവിടുത്തെ ഈ കളിപ്പാട്ടങ്ങൾ വെച്ചുകൊണ്ട് എത്ര ദിവസം കളിക്കും എത്ര ദിവസം കളിക്കും ഒരു അമ്മ കുട്ടി ടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കുട്ടി തന്നെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് കുറെ പ്ലാസ്റ്റിക് സാവാധാനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഈ കുട്ടി ആ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിച്ചുകൊണ്ടേയിരിക്കും ഇടയ്ക്ക് കുട്ടി കളിപ്പാട്ടങ്ങൾ മാറ്റി വെച്ചിട്ട് അമ്മ നിലവിളിക്കും നിലവിളിക്കുമ്പോൾ അമ്മ ഓടി വന്നിട്ട് വേറെ ഒരു കളിപ്പാട്ടം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഒരു പമ്പരം വല്ലതും കൊണ്ടുവന്ന് കൊടുത്തിട്ട് പിന്നെ അടുക്കളയിൽ പോകും എപ്പോഴാണോ ഈ കുട്ടിക്ക് ഈ കളിപ്പാട്ടങ്ങളൊക്കെ മതിയായി അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരയണത് അപ്പൊ അമ്മയ്ക്ക് അടുക്കളയിൽ ഇരിക്കാൻ പറ്റില്ല എന്ത് ജോലിയാണെങ്കിലും അത് അവിടെ ഇട്ടിട്ട് വരും ഇതുപോലെ ഭഗവാൻ നമുക്ക് ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ തന്നിട്ട് ആ കളിപ്പാട്ടങ്ങൾ വെച്ച് നമ്മളെ കളിപ്പിച്ചിട്ട് അദ്ദേഹം അദ്ദേഹം സ്വതന്ത്രനായി ഇരിക്കുകയാണ് എപ്പോ ഈ കളിപ്പാട്ടങ്ങൾ വലിച്ചെറിഞ്ഞ് പ്രഹ്ലാദനെ പോലെ ഭാഗവതത്തിൽ പറഞ്ഞു ന്യസ്തക്രീഡനഗോപാലോ ജഡപത്തന്മസ്താം കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാന വേദ ജഗതീദൃശം ന്യസ്തക്രീഡനകാഹ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട ഇരണ്യ കശിവ പ്ലാസ്റ്റിക് കൊണ്ടുള്ള തോക്ക് അച്ഛനെ നോക്കി വെടിവെക്കും പറയും മകൻ ദയടെ പേപ്പറിൽ കണ്ടു അമേരി അമേരിക്കയില് ഒരുപാട് ഒരു കുട്ടി വെടിവെച്ചു കൊന്നു ഇതാണ് ഇന്നത്തെ സമൂഹം എന്താ കുട്ടിക്ക് സിനിമയും ടിവിയും കാണിച്ചു കൊടുത്തു അച്ഛൻ തന്നെ ഒരു പ്ലാസ്റ്റിക് കൊണ്ടൊരു തോക്കും വാങ്ങിച്ചു കൊടുത്തു കുറെ കഴിയുമ്പോ കുട്ടി മനസ്സിലാക്കി ഇതാണ് കാര്യം എന്തിനെ ഇങ്ങനെയാണ് അപ്പോ കളിപ്പാട്ടങ്ങൾ വലിച്ചെറിഞ്ഞു എന്നാണ് എന്നുവെച്ചാ നമ്മളുടെ വലിയവരുടെ കളിപ്പാട്ടങ്ങൾ എന്താ ഭാര്യ കുട്ടികള് പണം ലോകം പേര് പുകഴ് സ്ഥാനമാനങ്ങൾ സമൂഹത്തിലുള്ള പല കാര്യങ്ങൾ ഇതിലൊക്കെ പെട്ടുവലഞ്ഞ് ഭഗവാനെ മറന്നിട്ടിരിക്കുന്നു ഏതിനെ ഓർക്കണമോ അതിനെ മറന്നിട്ടിരിക്കുന്നു ഇതിനെ വിട്ടിട്ട് എപ്പോ ഭഗവാനെ സ്മരിക്കുന്നുവോ അപ്പോ ഭഗവാൻ നമ്മളിൽ നിന്ന് അകന്നിരിക്കില്ല ഭഗവാന് അകന്നിരിക്കാൻ വയ്യ വൃത്രൻ വിളിക്കുന്ന പോലെ വിളിക്കുകയാണെങ്കിൽ അജാതപക്ഷ ഇവ മാതരം ഖഗാഹ സ്തന്യം യഥാ വത്സതരാക്ഷുദാർ പ്രിയം വ്യൂഷിതം വിഷണ്ണ മനോ അരവിന്ദാക്ഷതിദൃക്ഷത്തെ ത്വാ ഹേ ഭഗവാനേ ശരകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷിയെ വരവും കാത്തുകൊണ്ടിരിക്കുന്ന പോലെ പശുക്കിടാവ് തന്റെ കെട്ടഴിച്ചു വിട്ടാൽ തള്ളപ്പശുവിന്റെ അകടിൽ പോയി പാലുകുടിക്കാനായി കാത്തുകൊണ്ടിരിക്കുന്ന പോലെ തന്റെ പ്രിയൻ ദൂരത്തെവിടെയോ പോയിരിക്കുന്നു വരവ് കാത്തുകൊണ്ടിരിക്കുന്നു ഒരു പതിവ്രതയായ സ്ത്രീയെപ്പോലെ ഭഗവാനെ അവിടുത്തെ അനുഭവത്തിനായി ഞാൻ കാത്തുകൊണ്ടിരിക്കുന്നു വൃത്രൻ അസുരൻ എന്തിനാ ഈ അസുരനെ ഭക്തനായി കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ മനുഷ്യരായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കണമല്ലോ എന്ന് പറയാം നമ്മളെയൊക്കെ ചോദിക്കുകയാണ് വ്യാസഭഗവാൻ നിങ്ങളൊക്കെ മനുഷ്യരായി ജനിച്ചു എല്ലാ സുഖസാമഗ്രികളും തന്നിട്ട് ഭഗവാനെ മറന്നുപോയല്ലോ ഇതൊക്കെ എത്ര കാലം ഉണ്ടാവും ഈ സുഖങ്ങളൊക്കെ എത്ര കാലം ഉണ്ടാവും അതിൽ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ പറ്റില്ല തായുമാനവ പറഞ്ഞു ഒരു കൊരങ്ങിൻ ഒരു മരത്തിനെ പകുതി മുറിച്ചു വച്ചിരിക്കുന്ന മരത്തടി വെട്ടിയിട്ട് പകുതി മുറിച്ചിട്ട് പിളർന്ന് മുഴുവൻ പിളർക്കുന്നതിന് മുമ്പ് എന്തു ചെയ്യും അടുത്ത ദിവസം വെട്ടാനായിട്ട് അതിൽ ആപ്പടിച്ചു വയ്ക്കും ഒരു കൊരങ്ങനെ എന്ത് ചെയ്തു അത്ര ആ ദ്വാരത്തിൽ കാല്ട്ടിട്ട് ആപ്പിനെ ഇളക്കിയെടുത്തു അത്രേ എന്തു ചെയ്യാൻ പറ്റും കാലതനെ നുഴൈത്തുകൊണ്ട് ആപ്പതനൈ ഇളക്കി വിട്ട കൊരങ്കതനെ പോലെ അകപ്പെട്ടീതേ കിടന്നു ഉഴല അകപ്പെട്ടിരുന്നാണ് പുറത്ത് വരാൻ വഴിയാത്ത വിധത്തിൽ കുടുങ്ങിയെന്നാണ് ആപ്പിനെ ഇളക്കിയെടുക്കുകയും ചെയ്തു കാലതിൽ കുടുങ്ങുകയും ചെയ്തു ഇതുപോലെയാണ് ലോകത്തിലുള്ള കുടുക്കം ഇതിൽ നിന്ന് പുറത്തു എങ്ങനെ പുറത്തു ഇത് മുഴുവൻ നശ്വരമാണ് ശാശ്വതമല്ല ഭഗവാൻ മാത്രം ഉണ്മ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ വ്യവഹാരവും ചെയ്യുന്നു പക്ഷെ ഇതൊന്നും ഉണ്മയല്ല ഇതൊക്കെ നമുക്ക് ചെയ്യണം പ്രാരബ്ധം കർമ്മം സ്വധർമ്മം ചെയ്യണം പക്ഷെ ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താ ഭഗവത്പ്രാപ്തി ഭഗവത് ഭക്തി ഭഗവത്പ്രാപ്തിയാണ് ലക്ഷ്യം എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ കുഴപ്പമില്ല എന്നാണ് ഭഗവത്പ്രാപ്തി ഏവം ലോകം പരം വിദ്യരം കർമ്മനിർമ്മിതം സതുല്യ അതിശയധ്വംസം യഥാമണ്ഡലവർത്തിനാം ഈ ലോകം മാത്രമല്ല ഇനി പരലോകത്തിൽ സ്വർഗത്തിൽ പോയാലോ അവിടെയും പുണ്യം ക്ഷയിക്കുന്നവരെ ഇരിക്കും ടൂറിസ്റ്റ് വിസാവിൽ പോയവരെ ആ പിരിയേഡ് കഴിഞ്ഞാൽ പുറത്തു പോകാൻ പറയും അതുപോലെ പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ക്ഷീണേ പുണ്യെ മർത്യലോകം വിശന്തി ഭൂമിയിലേക്ക് പറഞ്ഞേക്കും അപ്പൊ വീണ്ടും ഇവിടെ വന്ന് ജനിക്കേണ്ടി വരും അതുകൊണ്ട് ഏവം ലോകം ഈ ലോകവും നശ്വരം ഇവിടെ കാണുന്നതൊക്കെ തന്നെ ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു നശിച്ചുകൊണ്ടേയിരിക്കുന്നു ഒന്നും ശാശ്വതമായിട്ട് നിൽക്കണില്ല വരുന്നു അതൊക്കെ പോകുന്നു ശരീരം നമ്മളുടെ ദേഹം ഇൻക്ലൂഡിംഗ് വൺസോൺ ബോഡി ശാശ്വതമല്ല പണവും ബാക്കിയുള്ളതും പോട്ടെ ഇപ്പൊ ആരോഗ്യമായിട്ടുണ്ട് എത്രകാലം ആരോഗ്യമായിരിക്കോ ആരും കണ്ടു എന്ന് നമ്മളുടെ പിടിവിട്ടുപോകും ഓരോ ദിവസം കഴിയുമ്പോഴും ഈ ശരീരം അനാരോഗ്യവും പലവിധ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുന്നു ഉള്ള സമയത്തിനെ പ്രയോജനം നമ്മളെന്തോ ഇവിടെ നിത്യമായി ഈ ലോകത്തിൽ ശരീരത്തിൽ ഇരിക്കുന്ന പോലെയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ബിസിയാണ് ഞങ്ങൾക്ക് ഭക്തിക്കും നാമജപത്തിനും ആരാധനയ്ക്കും ഒന്നും സമയമില്ല അതൊക്കെ റിട്ടയറായ ശേഷം ചെയ്യാം റിട്ടയറാവുന്നവരെ ഇരിക്കുമെന്ന് ആര് കണ്ടു അടുത്തുതന്നെ സമുദ്രമുണ്ട് നാളെ രാവിലെ ഉണ്ടാവുമോ എന്ന് ആര് കണ്ടു സുനാമി നല്ല നാമമുള്ള ആഖ്യാഹിമേ കോ ഭവാൻ ഉഗ്രൂപ നമോസ്തു തേ ദവര പ്രസീത വിജ്ഞാതമിച്ചാമിന്തമാദ്യം നി പ്രജി തവ പ്രവൃത്തി കടൽ ഘോരമായി ഈ ശ്ലോകമാണ് ഓർമ്മ വരത് ആഖ്യാഹിമേ കോ ഭവാൻ ഉഗ്രൂപ നമോസ്തു ദേവപര പ്രസീത വിജ്ഞാതമിച്ഛാമി ഭവന്തമാദ്യം നി പ്രജാനാമി തവ പ്രവൃത്തിം ഭഗവാൻ ഉത്തരം പറഞ്ഞു കാലോസ്മി ലോകക്ഷയകൃപ്രവൃത്ത സർവാൻ സമാഹർത്തുമി ഓരോ ക്ഷണത്തിലും ലോകത്തിനെ ഞാൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളുടെ ജോലി എന്താ ഇവിടെ കിട്ടുന്ന സമയം കൊണ്ട് ഭഗവാനെ ആശ്രയിക്കണം ലോകത്തിന് നശ്വരമായ വസ്തുക്കളെ വ്യവഹരിച്ച് അനശ്വരമായ വസ്തുവിനെ ആശ്രയിക്കണം നശ്വരമായ വസ്തുവിനെ ആശ്രയിക്കരുത് അനസ്വ അനശ്വരമായ വസ്തു ഭഗവാനെ വ്യവഹാരത്തിനു കൊള്ളില്ല ലോകത്തിനെ ആശ്രയിക്കാൻ കൊള്ളില്ല അതാണ് തത്വം ഈശ്വരൻ വ്യവഹാരത്തിനു കൊള്ളില്ല ലോകം ആശ്രയത്തിനു കൊള്ളില്ല ലോകത്തിനെ ആശ്രയിക്കാൻ പാടില്ല വ്യവഹരിക്കണം ഈശ്വരനെ വ്യവഹരിക്കാൻ പാടില്ല ആശ്രയിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നു ഈശ്വരനെ വെച്ച് വ്യവഹരിക്കുന്നു ബിസിനസ് ഈശ്വരൻ വ്യവഹാരത്തിനു കൊള്ളില്ല ഈശ്വരൻ എന്തിനാണ് ആശ്രയം ആശ്രയം നിത്യമായ വസ്തുവിനെ ആശ്രയിക്കണം അനിത്യമായ വസ്തുവിനെ വ്യവഹരിക്കണം അല്ലേ പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ആളുകൾ എന്തു ചെയ്യും നാളെ അഴുകിപ്പോവും വേഗം എങ്ങനെങ്കിലും വിൽക്കണം വിറ്റ് കൊടുക്കണം എന്താ അവർക്കറിയാതെ നാളെ അഴുകിപ്പോവും കേടുവന്നു പോകും അതുകൊണ്ട് കഴിയുന്നതും പച്ചക്കറി നാളത്തേക്ക് മുമ്പ് വിറ്റുതീർക്കണം അത് വ്യവഹാരം ആശ്രയം ഭഗവാനെ ആശ്രയിക്കണം എന്നാണ് അനിത്യമായ ലോകവസ്തുക്കളെ ആശ്രയിക്കരുത് അതുകൊണ്ട് ഏവം ലോകം പരം വിദ്യാത് നശ്വരം കർമ്മ നിർമ്മിതം എല്ലാം കർമ്മനിർമ്മിതമായിട്ടുള്ളതൊക്കെ നശ്വരമാണെന്ന് കാണുന്നു നല്ലവണ്ണം വിവേചനം ചെയ്ത് കാണണം പരീക്ഷയോക്കാന് കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദം ആയാത് നാസ്തി അകൃതൃന് നല്ല പരീക്ഷണം ചെയ്തിട്ട് കണ്ടുപിടിക്കണം എന്നാണ് ലോകത്തിലുള്ള വസ്തുക്കളുടെ ഒക്കെ സ്വഭാവത്തിന് ഇതുകൊണ്ട് നമുക്ക് ശാശ്വതമായ ശാന്തി ഉണ്ടാവില്ല ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ എന്ത് ചെയ്യും പാവം അവർക്ക് പുറമേക്ക് നമ്മളെ പോലെ സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുമോ സ്വതന്ത്രമായിട്ട് ഇരിക്കാൻ പറ്റുമോ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പണം തിന്നാൻ പറ്റുമോ അവർക്ക് നമ്മളെ പോലെ തന്നെ ദോശയും ഇഡലിയും ഒക്കെ തിന്നണം അതുപോലും പാവം തിന്നാൻ പറ്റില്ല എല്ലാം വേണ്ടാവും നല്ല രസം ഒരു അനക്കഡോട്ട് ഒരിടത്ത് കണ്ടു ഒരാള് ദിവസം ഒരു ഓസ് വെച്ചുകൊണ്ട് ചെടികളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണുണ്ട് പൈപ്പ് ഓസ് കുറച്ചു ദിവസമായിട്ട് ഒരാൾ ശ്രദ്ധിക്കുന്നു ഈ ഓസിൽ നിന്ന് വെള്ളമേ വരുന്നില്ല ദിവസം ഓരോ ചെടിയുടെ മുമ്പിലായിട്ട് പോയി നിൽക്കുന്നു അത് ഡെയിലി ഒരു റിച്വൽ ഒരു അരമണിക്കൂർ നേരം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇയാൾക്ക് ഔസുഖ്യം സഹിക്കവയ്യാതായപ്പോ അയാളോട് പോയി ചോദിച്ചു നിങ്ങള് ദിവസം ഈ പൈപ്പില് ട്യൂബ് ഘടിപ്പിച്ചിട്ട് ഓസ് വെച്ചുകൊണ്ട് ഓരോ ചെടിയുടെ മുമ്പിലായി പോയി നിൽക്കണമല്ലോ വെള്ളമൊന്നും വരുന്നില്ലല്ലോ അപ്പൊ അയാൾ പറഞ്ഞു ഓസിന്റെ അറ്റം നോക്കാൻ പറഞ്ഞു അവിടെ നോക്കിയപ്പോ ദ്വാരമേ ഇല്ല പിന്നെ എങ്ങനെ വെള്ളം വരും ദ്വാരമേ ഇല്ലാത്ത ഓസ് എങ്ങനെ വെള്ളം വരും അപ്പൊ ഇതുകൊണ്ട് എങ്ങനെ എന്ത് പ്രയോജനം എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ചെടികളെ നോക്കാൻ പറഞ്ഞു ഒക്കെ പ്ലാസ്റ്റിക് ചെടി എന്തിനു വെള്ളം പ്ലാസ്റ്റിക് ചെടി എന്തിനു വെള്ളം ഇതുപോലെയാണ് ഇപ്പോഴത്തെ ജീവിതം പ്രയോജനമില്ലാത്ത കർമ്മങ്ങൾ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ജീവിതം അവസാനം ഇങ്ങനെ ഒരു വേഷം കെട്ടായിട്ട് തന്നെ ചുറ്റി വട്ടത്തിരിഞ്ഞ് വട്ടത്തിരിഞ്ഞ് വട്ടത്തിരിഞ്ഞ് പോയി ആർക്കും പ്രയോജനമില്ല ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്തു അവസാനം നോക്കുമ്പോൾ തന്റെ ഉള്ള് ശൂന്യം അലക്സാണ്ടർ ലോകം മുഴുവൻ പിടിച്ചടക്കണം എന്ന് കരുതി അലക്സാണ്ടർ അവസാനം തിരിച്ചു പോകുമ്പോ സുഖമില്ലാതായപ്പോ തന്റെ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു അത്രേ ഞാൻ മരിക്കും അധികം വൈകാതെ മരിച്ചാൽ എന്റെ രണ്ട് കൈയും തുറന്നു വെച്ചിട്ട് ഈ ശവം കൊണ്ടുപോകണം ലോകത്തിലുള്ളവരൊക്കെ എന്നെ കണ്ടു പഠിക്കട്ടെ ഞാൻ വരുമ്പോ ഇങ്ങനെ വന്നു ഇതാ അപ്പോ പോകുമ്പോ ഒന്നുമില്ല പിടിച്ചടക്കാൻ ശ്രമിക്കുന്നവന്റെ അവസാന കാലം എന്താണെന്ന് ലോകം അറിയട്ടെ എന്നാ നമുക്ക് വേണ്ടത് എന്താ പലതും നമുക്ക് വേണം എന്താണ് ഊണു വേണം ഉറങ്ങണം വസ്ത്രം ഉടുക്കണം താമസിക്കാൻ ഒരു സ്ഥലം വേണം സ്നേഹത്തോടെ വ്യവഹരിക്കാൻ ഒരു സമൂഹം വേണം ഇതാണ് നാച്ചുറലായിട്ട് വലിയ വേദാന്തമൊന്നും വേണ്ട ഇത് മനസ്സിലാവാൻ ഉണ്ണണം ഉറങ്ങണം താമസിക്കാൻ വീട് വേണം പരസ്പരം നിങ്ങളെ ഞാൻ ഉപദ്രവിക്കാതെ നിങ്ങളെ ഉപദ്രവിക്കാതെ കൊടുത്തു വാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം വേണം പക്ഷെ ഇന്ന് നമുക്ക് ഓവർ ഇമ്പോർട്ടൻസ് ഈ കാര്യ ധനത്തിനും മറ്റും കൊടുക്കുന്നതുകൊണ്ട് എന്താ ആരെയും വിശ്വാസമില്ല സമൂഹത്തിൽ സ്നേഹത്തോടെ ജീവിക്കാനും വയ്യ ജീവിതത്തിൽ ഉറങ്ങാൻ ആളുകൾക്ക് സമയമില്ല ഉണ്ണാനോട്ട് സമയമില്ല ഉണ്ണാൻ പറ്റില്ല അത്തരത്തിലൊരു സ്ഥിതി ആയിരിക്കും അപ്പൊ എന്താ ഈ പ്ലാസ്റ്റിക് ട്യൂബ് ഓസ് വെള്ളം ഒഴിക്കണ പോലെ തന്നെ വെള്ളം വരാത്ത ഓസു പോലെ ജീവിതം അപ്പൊ എന്തു പ്രയോജനത്തിനു കൊള്ളും അപ്പോ ഇത് മുഴുവൻ അശ്വരമാണെന്ന് കണ്ട് നമുക്ക് ജീവിതത്തിന് മറ്റൊരു പ്രയോജനമുണ്ട് ഉണ്ണലും ഉറങ്ങലും ഒക്കെ ബേസിക് നെസസിറ്റീസ് നമ്മളുടെ ഇന്നർ നെസസിറ്റി ഒന്നും ഉണ്ട് ഇന്നർ ഹങ്കർ ഉള്ളിലൊരു വിശപ്പുണ്ട് ഒരു വലിയ ദാഹമുണ്ട് ആ ദാഹം എങ്ങനെ തീർക്കും മുഴുവൻ അനിത്യമാണെന്ന് കണ്ടു അശാശ്വതമാണെന്ന് കണ്ടു ഒരിടത്തും ഒരു സുഖമില്ല കണ്ടു പരീക്ഷ്യ ലോകാന് കർമ്മിതാ ബ്രാഹ്മണോ നിർവേദം ആയാസ്തി അകൃതൃത തദ്വിജ്ഞാ സ ഗുരുവാഗച്ചേത് സമിപാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഇത് ആദ്യം കണ്ടു വൈരാഗ്യം വൈരാഗ്യം വന്നു ഇനി എന്തു ചെയ്യും നിത്യമായതിനെ കണ്ടെത്തണം ശാശ്വതമായതിനെ കണ്ടെത്തണം എവിടെ കണ്ടെത്തും തസ്മാ ഗുരു പ്രപദ്ധ്യേത് ജിജ്ഞാസുഹൂശ്രേയ ഉത്തമം ശാബ്ദ നിഷ്ണാതം ബ്രഹ്മണീ ബ്രഹ്മണീ ഉപ്രയം തസ്മാ ഗുരു പ്രപദ്ധ്യേത ഒരു സദ്ഗുരുവിനെ ശരണാഗതി ചെയ്യൂ ഗുരുവിനെ ഞങ്ങൾ എവിടെ തരയും ഇത്രയും ആയാൽ ഇപ്പം ആദ്യം പറഞ്ഞുവല്ലോ എല്ലാം അനിത്യമാണ് അശാശ്വതമാണ് എന്ന് കണ്ടാൽ ഗുരു നമ്മളുടെ മുമ്പിൽ വരും നമ്മൾ തരേണ്ട ആവശ്യമില്ല ഗുരു നമുക്ക് ഭഗവാൻ സൂചിപ്പിച്ച് തരും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല കണ്ണാടിയിൽ നമ്മളുടെ റിഫ്ലക്ഷൻ കണ്ടിട്ട് ഇതാരാണ് സംശയം വരുമോ നമുക്ക് അതുപോലെ ഗുരുവിനെ കണ്ടാൽ അറിയും സംശയമേ ഉണ്ടാവില്ല ആ ഗുരുവിനെ പ്രബദ്ധേത ശരണാഗതി ചെയ്യും എന്തിനാണ് ഗുരുവിന് ശരണാഗതി ജിജ്ഞാസുഹു പരമസത്യം അറിയാനായിട്ട് ശ്രേയ ഉത്തമം നമുക്ക് ശ്രേയസ് പ്രേയസ് രണ്ടും ഇത് രണ്ടും മനുഷ്യന്റെ മുമ്പിൽ വരും ഉപനിഷത്ത് പറയുന്നു പ്രേയസും വരും ശ്രേയസ്സും വരും ഇത് രണ്ടും രണ്ടും റോഡാണ് അറിവില്ലാത്തവരെ ചെയ്യും പ്രേയസ് കാണുമ്പോൾ നല്ല സുഖം ഉണ്ടാവും ആ വഴിക്ക് പോകും ഒരാൾ ഒരു കഥ പറഞ്ഞു ശ്രേയസ് പ്രേയസ് രണ്ട് റോഡ് ഒന്ന് നരകത്തിലേക്കോ ഒന്ന് സ്വർഗത്തിലേക്കോ എന്നാണ് അപ്പൊ ഒരാൾക്ക് നടുവിൽ ഒരു ആള് ഇരിക്കുന്നുണ്ട് മരിച്ചു കഴിഞ്ഞു പോവുകയാണ് ശ്രേയോ മാർഗം പ്രേയോ മാർഗം രണ്ടു മാർഗ്ഗം കാണുന്നു മുമ്പിൽ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ഏത് റോഡിലേക്കാണ് ഞാൻ പോകേണ്ടത് ചോദിച്ചു നിങ്ങൾക്ക് ഏത് മാർഗം ഇഷ്ടപ്പെട്ടു പോവുക ഒരു റോഡ് നോക്കുമ്പോ നല്ല ഹൈവേ റോഡ് ഇത് തന്നെ ആയിരിക്കും സ്വർഗത്തിലേക്ക് എന്ന് വിചാരിച്ച് നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോ വേട്ടു നരകം നട്ടിരിക്കണം തിരിച്ചു വന്ന് സ്വർഗത്തിന്റെ റോട്ടിലൂടെ കുറച്ചുകൂടെ നടന്നു കുണ്ട് കുഴി അപ്പൊ അവിടെ ഇൻചാർജ് ആയിട്ടുള്ള ആളോട് ചോദിച്ചു ഇതെന്താ ഈ സ്വർഗത്തിലേക്കുള്ള റോഡ് ഇത്രയധികം കുണ്ടും കുഴിയായിട്ട് റോഡേ ഇല്ലാതിരിക്കണു നരകത്തിലേക്ക് ഹൈവേ റോഡ് മാതിരി ഇരിക്കണമല്ലോ അപ്പൊ അയാള് പറഞ്ഞു അത് ആ സ്വർഗത്തിലേക്കുള്ള റോഡിൽ ട്രാഫിക്കേ ഇല്ല എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാൾ പോകും അതുകൊണ്ട് റിപ്പയറേ ചെയ്യാറില്ല ഈ റോഡ് ഹെവി ട്രാഫിക് ആണ് ഭൂമിയിലുള്ള വി ഐ പിസ് ഒക്കെ ഈ വഴിക്കാണ് വരുന്നത് അപ്പൊ ഇത് വെൽ റിപ്പയർഡ് വെൽ മെയിൻറ്റെയിൻഡ് റോഡാണ് പ്രയോ മാർഗം എളുപ്പത്തിൽ സുഖം കിട്ടുന്ന മാർഗം എളുപ്പത്തിൽ സുഖം കിട്ടാനുള്ള വഴി പ്രേയസ്സാണ് ആ പ്രേയസ് നമുക്ക് ലോകത്തിലെല്ലാവരും പറഞ്ഞു തരും അച്ഛൻ അമ്മ കുട്ടികൾ എല്ലാവരും സമൂഹത്തിലുള്ളവർ എല്ലാവരും പ്രേയോ മാർഗത്തിന് ഗുരുക്കന്മാരാണ് എളുപ്പത്തിൽ സുഖം കിട്ടാനുള്ള വഴി എളുപ്പത്തിനുള്ള മാർഗത്തിന് ഇവരോടൊക്കെ ചോദിച്ചാൽ മതി എല്ലാവരും പറഞ്ഞു ശ്രേയോ മാർഗത്തിന് ആരെയും കാണില്ല ഈ ജീവൻ കരയേറാനുള്ള മാർഗത്തിന് പരമസത്യം കണ്ടെത്താനുള്ള മാർഗത്തിന് മാതാവോ പിതാവോ ബന്ധുക്കളോ സമൂഹത്തിലുള്ള നേതാക്കളോ ആരും ഗുണം ചെയ്യില്ല അവരൊക്കെ അവിടെ അശക്തരായിട്ട് തീരും അപ്പൊ ശ്രേയോ മാർഗത്തിന് ആചാര്യം തന്നെ വേണം നമുക്ക് വഴികാട്ടിയായ ഒരു സദ്ഗുരുവിനെ തന്നെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ തസ്മാത് ഗുരു പ്രപജ്ഞിജ്ഞാസുഹു ശ്രേയ ഉത്തമം ശ്രേയോ മാർഗത്തിനെ അറിയാനായി ആ ഗുരു എങ്ങനെ ഉണ്ടാവണം ഒരാൾ ചോദിച്ചു ശിഷ്യൻ എന്തൊക്കെ ലക്ഷണം വേണം ശിഷ്യനാണെങ്കിൽ വിവേകം വേണം വൈരാഗ്യം വേണം ശമം ദമം ഉപരതി ശ്രദ്ധ സമാധാനം എന്നുള്ള ആറു ഗുണങ്ങൾ വേണം മുമുക്ഷുത്വം വേണം ഇങ്ങനെ സാധന ചതുഷ്ടയ സമ്പത്തികളൊക്കെ ഉള്ള ഒരു ശിഷ്യൻ പരമവിദക്തനായി തീ പിടിച്ചാൽ വെള്ളം അന്വേഷിച്ചു കൊണ്ടുപോകുന്ന പോലെ ഒരു ഗുരുവിനെ അന്വേഷിച്ച് ചെന്ന് ഗുരുവിന് ശരണാഗതി ചെയ്യുമ്പോൾ ആചാര്യൻ തത്വോപദേശം ചെയ്യും അപ്പോ ഇത്ര ക്വാളിറ്റീസ് വേണോ ശിഷ്യന് ഗുരുവാണെങ്കിലോ ഗുരുവിനൊന്നും വേണ്ട ഗുരു ഇരുന്ന് ഉപദേശിക്കണം ഉള്ളൂ എന്നാ ഞാൻ ഗുരുവായിക്കോളാം എളുപ്പം ഗുരുവാകുന്നു ഗുരുവിന്റെ ലക്ഷണമാണ് ഇവിടെ പറയുന്നത് ശാബ്ദെ പരേചനിഷ്ണാതം ശബ്ദം പറഞ്ഞു തരാൻ അറിയുന്ന ഒരാചാര്യ നമുക്ക് വഴി കാണിച്ചു തരാൻ അറിയുന്ന ആചാര്യം ചില സിദ്ധന്മാരുണ്ടാവും എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയും നമ്മൾ അർത്ഥമെടുത്തോളൂ എന്ന് തിരുമന്തിരം പറഞ്ഞ പോലെ പൂഴിയെ തോണ്ടി ഞാൻ ഭൂഷണി പൂത്തത് എന്ത് മനസ്സിലാവൂ സാധാരണ ഒരാൾ പോയി ചോദിച്ചു ഞാൻ മണ്ണ് തോണ്ടി മണ്ണ് തോന്നിയോ തോണ്ടിയപ്പോ അതിനകത്തുനിന്ന് കുമ്പളങ്ങ കിട്ടി വലിയ ഉപദേശം ആർക്ക് മനസ്സിലാവും അദ്ദേഹം പറഞ്ഞ അർത്ഥം മനസ്സിലാക്കാനുള്ള പക്വതയും ഉണ്ടെങ്കിൽ അയാൾക്ക് ഉപദേശമേ വേണ്ട അയാൾ ഓൾറെഡി അറിഞ്ഞ ആളാണ് അല്ലേ മണ്ണ് തോണ്ടിയപ്പോ കുമ്പളങ്ങ കണ്ടു എന്നാണ് എന്നുവെച്ചാൽ എന്താ അർത്ഥം ഉള്ളിലുള്ള മണ്ണൊക്കെ മാറ്റി അജ്ഞാനത്തിന് മറയൊക്കെ മാറ്റിയപ്പോ ഉള്ളിൽ ശിവലിംഗം കണ്ടു എന്നാണ് ആ സിദ്ധൻ പറയണത് ഇതിപ്പോ ആർക്ക് മനസ്സിലാവും അപ്പോ പറഞ്ഞു ഉള്ള കാരുണ്യത്തോടെ നമുക്ക് ശ്രോത്രിയോ അവ്രജിനോ അകാമഹോ യോ ബ്രഹ്മവിത്തമ ബ്രഹ്മണി ഉപരത ശാന്ത നിരീന്ധനലൈതുകയാസിന്ധു ബന്ധുവ ആനമതാ സദം ശ്രോത്രിയനാണ് അറിയേണ്ടത് അറിഞ്ഞിട്ട് അനു ശ്രോത്രിയൻ മാത്രമായാൽ മതിയോ പഠിച്ചവൻ മാത്രമായാൽ മതിയോ ശാസ്ത്രങ്ങളൊക്കെ നല്ലവണ്ണം അറിഞ്ഞയാള് ശാസ്ത്രം പഠിപ്പിക്കും പക്ഷേ അയാൾക്ക് ബ്രഹ്മാനുഭവം തരാൻ പറ്റില്ല ബ്രഹ്മാനുഭവം തരാൻ സാധിക്കില്ല അപ്പോ അതുകൊണ്ട് പറഞ്ഞു ശാബ്ദെ പരേച നിഷ്ണാതം ശാസ്ത്രം ഉപനിഷത്തൊക്കെ അറിഞ്ഞവനായിരുന്നാൽ നല്ലത് അതുമാത്രം പോരാ പരേചനിഷ്ണാതം അനുഭൂതി ഉണ്ടാവണം അനുഭവം അതുമാത്രവോ അങ്ങനെയുള്ള ഗുരുവാണെങ്കിൽ പോലും ലോകത്തിൽ ധാരാളം വ്യവഹാരങ്ങൾ ചെയ്തുകൊണ്ട് അനേക കർമ്മമണ്ഡലങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വഴിതെറ്റി പോവാൻ സാധ്യതയുണ്ട് അയാളെ കണ്ടിട്ട് അയാളെ പോലെ നമ്മളും ഇരിക്കണം യദ്ത് ആചരതി ശ്രേഷ്ഠ തത്വദേവേ സയത് പ്രമാണം കുരുത്തെ ലോകസ്ഥത് അണുവർത്തതെ ഒരാചാര്യൻ ധാരാളം പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഇരിക്കണം അയാൾ ജ്ഞാനിയായിരിക്കാം പക്ഷേ അയാളെ പിന്തുടരുന്ന ആളുകൾ എന്തു നമ്മളും അവരെ പോലെ ആവണം എപ്പോഴും നമ്മൾക്ക് ഗുരു എങ്ങനെയോ അതേപോലെ ശിഷ്യനാവണം അതുകൊണ്ട് പറഞ്ഞു ബ്രഹ്മണി ഉപശമാശ്രയം ബ്രഹ്മത്തിൽ ശാന്തനായി നിർവികൽപ്പനിഷ്ഠയിൽ ആ അനുഭവം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇരിക്കുന്ന ആചാര്യനാവട്ടെ നമുക്ക് അനുഭവത്തിൽ ഇരിക്കുന്നു എന്ന് ഉറപ്പുള്ള ആചാര്യൻ ചെന്ന് ശരണാഗതി ചെയ്യൂ ചെയ്തിട്ടോ താഗവതർമാൻ ശിക്ഷേത് ഗുരുവാത്മ ദൈവ ദൈവ അമായയാ അനുവൃത്ത യൈ തുഷ്യേത് ആത്മാത്മനോഹരി ആ ഗുരുവിന്റെ സന്നിധിയിൽ ചെന്ന് ഭാഗവതാൻ ധർമാൻ ശിക്ഷേത് ഗുരു ആരാണ് ഗുരു ആത്മാവ ഇത് മൂന്നും ഒരേ തത്വം ഈശ്വരോ ഗുരുഹു ആത്മേതി മൂർത്തി ഭേദ വിഭാഗിനിയും വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമ ഭഗവാൻ രമണ മഹർഷി പറയും നമ്മൾ സംസാരത്തിൽ വിഷമിച്ച് ദുഃഖിച്ച് കരയുമ്പോ നമ്മളുടെ ദുഃഖം നമ്മൾ ഭഗവാനോട് പറഞ്ഞ് കരയുന്നു ഭഗവാൻ നമ്മളുടെ മുമ്പിൽ ഒരു ഗുരുവായി ആവിർഭവിക്കും വിജുംഭണമാണ് നമ്മളുടെ ഉള്ളിലുള്ള തത്വം തന്നെ പുറമേക്ക് ഗുരുതത്വമായി വിജൃംഭണമായി നമ്മളുടെ മുമ്പിൽ ആവിർഭവിക്കും ബഹിർമുഖമായി അലഞ്ഞു നടക്കുന്ന മനസ്സിനെ ആത്മോപദേശം ചെയ്ത് തത്വോപദേശം ചെയ്ത് ഉള്ളിലേക്ക് തിരിച്ചുവിടും പുറമേക്കുള്ള ഗുരു എന്ത് ചെയ്യും പുറമേക്ക് അലയുന്ന മനസ്സിനെ ഉപദേശിച്ച് അകമുഖമാക്കി ഉള്ളിലേക്ക് തിരിച്ചുവിടും ആ മനസ്സ് ഉള്ളിലേക്ക് തിരിഞ്ഞാൽ പുറമേക്കുള്ള ഗുരു ഒരു ചിലപ്പോൾ അവിടെ നിൽക്കില്ല പോയിപ്പോ പിന്നെ എന്താ സൂക്ഷ്മമായ ഗുരുതത്വം അകമയ്ക്ക് പ്രവേശിച്ച് അന്തർമുഖമായ മനസ്സിനെ ആകർഷിച്ച് ഹൃദയത്തിലടക്കും പുറമേ നിന്നും ഉപദേശിച്ച് ബഹിർമുഖമായ മനസ്സിനെ അന്തർമുഖമാക്കി അകമേ നിന്നും ആകർഷിച്ച് ഹൃദയത്തിലടക്കും ഇത് ഗുരുതത്വം ചെയ്യുന്ന പ്രവൃത്തി തമിഴില് ഒരു മഹാത്മാ എഴുതി അറിവനും കഷയാൽ അടിത്ത് അകമുഖ കയറ്റാൽ പുറമേ നിന്നും അറിവാകുന്ന കയർ ചാട്ട കൊണ്ട് അടിച്ച് അകമേ നിന്നും അന്തർമുഖ ദൃഷ്ടിയാകുന്ന കയറുകൊണ്ട് ആകർഷിച്ച് ഹൃദയത്തിൽ അടക്കം അപ്പോ ആചാര്യൻ എന്നുള്ളത് ഒരു തത്വം ഗുരു എന്നുള്ളത് ഒരു തത്വം വ്യക്തിയല്ല അപ്പൊ ആ ഗുരുവിനെ അമായയാ അനുവൃത്യാ കാപ്പട്യമില്ലാതെ ഗുരു ശുശ്രൂഷ ചെയ്യണം ഗുരു ശുശ്രൂഷ എന്ന് വെച്ചാൽ എന്താ ശുശ്രൂഷ എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും ശ്രോത്തും ഇച്ഛ ഗുരു പറയണത് കേൾക്കാൻ ഉള്ള പക്വത മെച്യൂരിറ്റി ഗുരുവിന് ശരീര ശുശ്രൂഷ ചെയ്താൽ മാത്രം പോരാ ശരീര ശുശ്രൂഷ നമ്മളുടെ ഭക്തിയെ കാണിക്കും വിദ്യാപ്രകാശാനന്ദഗിരി സ്വാമികൾ ഒരു കഥ പറയും ഒരു ഗുരു ആ ഗുരുവിന് രണ്ട് ശിഷ്യന്മാർ ഒരു പഴയ ശിഷ്യൻ ആ ശിഷ്യൻ ഗുരുവിന് ദിവസം കാല് മസാജ് ചെയ്തു കൊടുക്കും കഥ പറഞ്ഞു എവിടെ പുതിയൊരു ശിഷ്യൻ വന്നു പുതിയ ശിഷ്യനീ പഴയ ശിഷ്യനെ കണ്ടാലേ ഇഷ്ടമല്ല പഴയ ശിഷ്യന് പുതിയ ശിഷ്യനെ കണ്ടാ ഇഷ്ടമല്ല രണ്ടുപേരും ചണ്ട അപ്പൊ പുതിയ ശിഷ്യൻ പറഞ്ഞു ഗുരുവിനോട് അയാള് മാത്രം നിങ്ങളുടെ കാല് മസാജ് ചെയ്യണു എനിക്കും തരണം ഓ ഗുരു പറഞ്ഞു ശരി നീ ഇടത് മസാജ് ചെയ്തോളൂ പഴയ ശിഷ്യൻ വലത് ഗുരു വളരെ സുഖം രണ്ട് ശിഷ്യന്മാർ രണ്ടു കാലും പിടിച്ചു തരാനായിട്ടുണ്ട് സ്വസ്ഥമായി ദിവസം ഗുരു ഉച്ചയ്ക്ക് കിടക്കും വലത് കാലൊരു ശിഷ്യൻ ഇടത് കാല ഒരു ശിഷ്യൻ രണ്ടുപേരും മസാജ് ചെയ്തു കൊടുക്കും പരസ്പരം ചീത്ത വിളിക്കലും പെറുപെറുക്കലും ഓരോ പറയലും അതിന്റെ ഇടയിൽ ഗുരുവിങ്ങനെ ഉറങ്ങും ചിലർക്ക് ഈ കൊതുകുകടിയുടെ ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല അതുപോലെ ഈ ശബ്ദം കേട്ടാലേ ഗുരുവിന് ഉറക്കം വരള്ളൂന്ന് ആയി ഇവര് ചണ്ട കൂടിക്കൊണ്ടേയിരിക്കും കുറെ കാലം കഴിയും ഗുരുവിന്റെ വലതുകാൽ കണ്ടാൽ ഈ പുതിയ ശിഷ്യന് പിടിക്കില്ല അത് അവന്റെയാണ് അവന്റെ ഡിപ്പാർട്ട്മെന്റ് ഗുരുവിന്റെ ഇടത് കാല് കണ്ടാൽ പഴയ ശിഷ്യന് ഇഷ്ടമല്ല അത് ഇവന്റെ ഡിപ്പാർട്ട്മെന്റ് നോക്കണം ഇപ്പൊ പഴയ കാര്യങ്ങളും അങ്ങനെയാണ് നടക്കണത് ഒരേ ഗുരുവിന്റെ ശിഷ്യന്മാര് പരസ്പരം ദ്വേഷമാണ് ഇഷ്ടമല്ല ഒരു ദിവസം ഇവരിങ്ങനെ കാല് പിടിക്കുമ്പോ ചണ്ട കൂടി പഴയ ശിഷ്യൻ അറിയാതെ പുതിയ ശിഷ്യൻ പിടിക്കുന്ന ഇടത് തൊട്ടുപോയി അയാൾക്ക് ദേഷ്യം വന്നു ചപ്പാത്തി വരത്തുന്ന ഒരു കുഴവയുണ്ട് അത് എടുത്തിട്ട് വലത് കാലിലേക്ക് ഒന്ന് കൊടുത്തു അയാളും വിട്ടില്ല ആ ഗുരുവിന് കണ്ണ് മിന്നിയിട്ട് എണീക്കുന്നതിന് മുമ്പ് ഈ പാക്ക് പൊടിക്കണം കല്ലെടുത്തിട്ട് ഇടത് കാലിലോ ഒന്ന് കൊടുത്തു ഗുരു നിലവിളിച്ച് നിങ്ങൾ എന്താ കാണിക്കുന്നത് ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് അഫയറാണ് നിങ്ങളുടെ ഇടപെടേണ്ടത് ഇതാണ് ഗുരു ശുശ്രൂഷ ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് അഫയർ ഇങ്ങനെ ഗുരു ശുശ്രൂഷ ചെയ്താൽ എങ്ങനെയുണ്ടാവും അല്ല ഗുരുവിന് സേവ ചെയ്യാൻ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ ഗുരു കൈകര്യം ഇതാണോ അമായയാ അനുവൃത്യഹി തുഷ്യേത് ആത്മാത്മതോ ഹരി ഭഗവാൻ സന്തോഷപ്പെടണം ഭഗവാൻ ആരാണ് ആത്മാ ആത്മദ ഗുരു ആത്മതൻ ഗുരുവിന്റെ രൂപത്തിൽ ഭഗവാൻ ആത്മദൻ ആയിട്ടൊരു ആത്മദൻ എന്ന് വെച്ചാൽ ആത്മാനം ദാതീതി ആത്മദ ജ്ഞാനത്തിനെ തരുന്നവൻ ആത്മസാക്ഷാത്കാരത്തിനെ തരുന്നവൻ ഗുരു ഗുരുവിന്റെ കൃപ കൊണ്ട് സാക്ഷാത്കാരവും ഉണ്ടാവുന്നു സദ്ഗുരുവായ ആചാര്യൻ കൃപ ചെയ്യുമ്പോൾ ഒരു വാക്ക് ഒരു ദൃഷ്ടി ഒരു സ്പർശം ഈ ജീവന് ആത്മാനുഭവം ഉണ്ടാവുന്നു അപ്പൊ അനുഭൂതി കൊടുക്കാനാണ് ആചാര്യൻ തത്വമസി കഴിഞ്ഞു നീ ശരീരമല്ല നീ ആത്മാവാണ് ബ്രഹ്മമാണ് പൂർണ്ണവസ്തുവാണ് ഈ ഉപദേശത്തിനാണ് ആചാര്യൻ അപ്പൊ ആ ആചാര്യനെ അമായയാ അനുവൃത്യാ യാതൊരു കാപട്യമില്ലാതെ ഗുരു ഭഗവത് സ്വരൂപനാണെന്ന് കരുതി ഗുരു പറയുന്നത് ശ്രവിച്ചുകൊണ്ടും സേവ ചെയ്യുമ്പോഴും ന് വേണ്ടിട്ടല്ല ഭഗവത് പൂജ എന്നുള്ള ഭാവത്തിൽ ഗുരു സേവ ചെയ്യുകയാണെങ്കിൽ ഏകനാഥസ്വാമിയെ പോലെ അത് തന്നെ ഭഗവത് അനുഭവമായിട്ട് തീരും ഏകനാഥ് സ്വാമി അദ്ദേഹത്തിന്റെ ഗുരുവായി ജനാർദ്ദനസ്വാമിക്ക് പന്ത്രണ്ട് വർഷം സേവ ചെയ്തു കുറെ വർഷങ്ങൾ ഗുരു ഒന്നും പഠിപ്പിച്ചത് തന്നെ ഇല്ല ജനാർദ്ദനസ്വാമിയുടെ അടുത്തുനിന്ന് പലരും പലതും പഠിച്ചു പോയിട്ടും ഏകനാഥൻ ഗുരുസേവ ഒരു ദിവസം ആശ്രമത്തിന്റെ ചെറിയ ഒരു കാര്യത്തിനു വേണ്ടി രാത്രി മുഴുവൻ ഉറക്കമൊളിച്ചിരുന്ന് കുറച്ച് കാശ് കണക്ക് തെറ്റിപ്പോയിന്ന് വന്ന് രാത്രി മുഴുവൻ ഇരുന്നു അത്ര ഏകനാഥൻ ഗുരുവിന് ഏകനാഥന്റെ ഭക്തി കണ്ട് ഏകനാഥന് ഞാൻ കടപ്പെട്ടു പോയിരിക്കുന്നു കടമപ്പെട്ടു പോയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവം ദത്താത്രേയം ശക്തിപാതം എന്ന് പറയും ഒരു ഗുരു ആമയെ പോലെ ആമ മുട്ട സമുദ്രത്തിൽ കരയിൽ ഇട്ട് ആ മുട്ടയെ മണ്ണിട്ട് മൂടിയിട്ട് സമുദ്രത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആമ മനസ്സുകൊണ്ട് ഈ മുട്ടയെ സങ്കല്പിച്ച് മുട്ടയെ വിരിക്കും എന്ന് കവികൽപ്പന അതുപോലെ ഒരു ദീക്ഷയുണ്ട് മനസ്സുകൊണ്ട് സ്മരിച്ച് ശിഷ്യന് അനുഭൂതി കൊടുക്കുക മനസ്സുകൊണ്ട് സ്മരിച്ചാൽ മതി ശിഷ്യന് അനുഭൂതി ഉണ്ടാവാൻ ജനാർദ്ദനസ്വാമികൾ അങ്ങനെ സ്മരിച്ചു ഏകനാഥന് ഇന്ന് ദത്താത്രേയ ദർശനമുണ്ടാവണം ദർശനമുണ്ടായാൽ എങ്ങനെ ഉണ്ടാവും സർവം മറന്നുപോകും മൂർച്ഛിച്ചു ചുവട്ടൽ വീഴും വികാരഭരിതനായി നർത്തനം ചെയ്യും ആടും പാടും കണ്ണീര് വിടും ഏകനാഥ് രാവിലെ ഗോദാവരിയിൽ കുളിക്കാൻ പോയി അവരൊക്കെ ഗംഗാസ്നാൻ എന്ന് പറയും ഗോദാവരി സ്നാന് ഗംഗാസ്നാൻ ഗംഗാസ്നാനം ചെയ്യാനായിട്ട് ഗോദാവരിയിൽ പോയി വെള്ളമെടുത്തുകൊണ്ട് സന്ധ്യാവന്തനം കഴിഞ്ഞ് വെള്ളമെടുത്തുകൊണ്ട് ഗുരുവിന്റെ അടുത്തേക്ക് ജനാർദ്ദന സ്വാമിയുടെ അടുത്തേക്ക് വരും ആ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഇന്നത്തെ ദിവസം ഏകനാഥൻ സമയത്തിന് തിരിച്ചു വരാൻ സാധ്യതയില്ല ഈ അനുഭൂതി ഏർപ്പെട്ടാൽ എത്ര നേരം സമാധിയിലിരിക്കുമെന്ന് അറിയില്ല എത്ര നേരം ആനന്ദ നർത്തനം ചെയ്യും ഓരോരുത്തരുടെ ഭാവത്തിനനുസരിച്ച് വികാരപ്രകടനമുണ്ടാവും അതുകൊണ്ട് ജനാർദ്ദനസ്വാമി ഏകനാഥൻ സമയത്തിന് വരില്ല എന്ന് വിചാരിച്ചു അത്ര പക്ഷേ കൃത്യസമയത്തിൽ ഏകനാഥൻ ആ കുടത്തിൽ വെള്ളവും കൊണ്ടുവന്നു ആശ്രമത്തിൽ കൊണ്ടുവച്ചു അദ്ദേഹം ഗുരുവിന് പാലിച്ചുടാക്കാൻ തുടങ്ങി ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി ജനാർദ്ദനസ്വാമി ആശ്ചര്യത്തോടെ നോക്കുന്നു ഈ ദിവ്യദർശനത്തിന്റെ ഒരു ലക്ഷണവും ഏകനാഥങ്ങളിൽ കാണാനില്ല ജനാർദ്ദന സ്വാമിക്ക് ഉറപ്പ് താൻ സങ്കല്പിച്ച ക്ഷണത്തിൽ തന്നെ ഏകനാഥന് ദർശനം ഉണ്ടായിട്ടുണ്ടാവണം പക്ഷെ ഏകനാഥനാണെങ്കിൽ തനിക്ക് ഒരു ദർശനവും കിട്ടിയതിന്റെ ലക്ഷണമൊന്നും പുറത്ത് കാണിക്കണില്ല ഏകനാഥനെ വിളിച്ചു ജനാർദ്ദനസ്വാമി ചോദിച്ചു ഇന്ന് രാവിലെ അങ്ങക്ക് എന്തെങ്കിലും ദർശനം ഉണ്ടായോ ഏകനാഥൻ പറഞ്ഞു അതെ സന്ധ്യാബന്ദനം കഴിച്ചിട്ട് ഞാൻ ധ്യാനിക്കാൻ ഇരുന്നപ്പോ അങ്ങ് ആരാധിക്കുന്ന ദത്താത്രേയന്റെ ദർശനം ഉണ്ടായി എന്നിട്ടോ എന്നിട്ടെന്താ കുറച്ചുനേരം ആ ദർശനം ഉണ്ടായി അത് ഞാൻ അങ്ങേടെ ജോലിയൊക്കെ ചെയ്യണമല്ലോ അവിടെ പാലൊക്കെ ചൂടാക്കണം അതുകൊണ്ട് എഴുന്നേറ്റ് വന്നു എന്താണ് ഈ ദർശനം കിട്ടാൻ യോഗികളൊക്കെ കാക്ഷിച്ചു നിക്കണു ഈ തെരുവിൽ ആരോ നിക്കണത് കണ്ടു എന്ന് പറയണ അവിടെ ദത്താത്രേയനെ കണ്ടു എന്ന് ഇത്ര ലാഘവത്തോടെ പറയണമല്ലോ ആ ദർശനം കണ്ട് എത്ര പേര് മൂർച്ഛിച്ചു വീണിരിക്കുന്നു വികാരഭരിതനായിരിക്കുന്നു അപ്പൊ ഏകനാഥസ്വാമി പറഞ്ഞു എത്ര സ്വാമി ഞാൻ അങ്ങയുടെ അടുത്ത് എപ്പോഴെങ്കിലും എനിക്ക് ദത്താത്രേയന്റെ ദർശനം വേണോന്ന് ചോദിച്ചിട്ടുണ്ടോ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ പ്രത്യക്ഷമായി എനിക്ക് ദത്താത്രേയ സ്വരൂപമായി ഞാൻ അങ്ങയെ കാണുമ്പോൾ എനിക്ക് ഇനി മറ്റൊരു ദത്താത്രേയൻ വേണോ ഗുരുവിനെ കാണുന്നത് തന്നെ തനിക്ക് ദത്താത്രേയ ദർശനമായിട്ടിരിക്കും ഭഗവത് ഭഗവാന്റെ സഗുണസാകാരൂപം സഗുണസാഗാര രൂപം എന്ന് വെച്ചാൽ എന്താ നമ്മളെ പോലെ കയ്യ് കാല് തല എല്ലാം കൂടെ ഒരു രൂപം ആ രൂപം എത്രയോ നമ്മൾ കയ്യും കാലും തലയും കാണുന്നു അപ്പൊ പിന്നെ സഗുണസാഗാരം എന്ന് വെച്ചാൽ എന്താ ഏതോ ഒരു രൂപം കാണുന്നു ആ രൂപം കാണുമ്പോ നമുക്ക് അത് സാക്ഷാത് എന്ന് തോന്നുന്നു അത്രയല്ലേ ഉള്ളൂ അത് നമുക്ക് ഒരു ഏത് മൂർത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു ആ മൂർത്തി നമുക്ക് സഗുണസാകാരം ബ്രഹ്മം ജ്ഞാനികളുടെ ദർശനമേ സഗുണ സാകാരമായ ബ്രഹ്മത്തിന്റെ ദർശനമാണ് അപ്പൊ ഇനി മറ്റൊരു രൂപത്തിന്റെ ദർശനമോ മറ്റൊരു രൂപത്തിനെ കാണണം എന്ന് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങയെ കാണുന്നു ഇനി എനിക്കെന്തു വേണം പന്ത്രണ്ട് വർഷം സേവ ചെയ്തു ഗുരുവിന് പിന്നീട് അദ്ദേഹം ഗുരു ആജ്ഞ ചെയ്തത് വിവാഹം കഴിച്ചു ഗുരു ആജ്ഞാപിച്ചതുകൊണ്ട് വിവാഹം കഴിച്ചു ഗൃഹസ്ഥനായി ജീവിച്ചു ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നു അദ്ദേഹം അനേക കൃതികൾ എഴുതി എല്ലാത്തിലും മുദ്ര ഏകാദനാർദ്ദനി ജനാർദ്ദന സ്വാമിയുടെ ശിഷ്യൻ എന്നുള്ളതിലാണ് മുദ്ര ഏകാദനാർദ്ദനി ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമായി ഞാൻ കാണുന്നു എന്ന് ഏകനാഥൻ പറയുമ്പോൾ ഭഗവാൻ എന്നുള്ളതിന് മറ്റുള്ളവർ പാണ്ഡുരംഗൻ വിട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഏകനാഥൻ ജനാർദ്ദനൻ എന്ന് പറയും അത്രയധികം ഗുരുബന്ധം അങ്ങനെയുള്ള ഏകനാഥ് സ്വാമി ഒരു ദിവസം ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജനാർദ്ദനസ്വാമി മഹാസമാധിയായി മരിച്ചു എന്നുള്ള മെസ്സേജ് വന്നു ലെറ്റർ അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അത് നോക്കിയിട്ട് ഏകനാഥ് സ്വാമി അവിടെ വെച്ച് അദ്ദേഹം യാതൊരു വികാരവും ഇല്ലാതെ ഭാഗവതം പറയാ ശിഷ്യന്മാർക്ക് ഈ ഒരു ഭാവം കണ്ടിട്ട് ആശ്ചര്യം എപ്പോഴും ഗുരു ഗുരു ഗുരു ഗുരു എന്ന് ഉരുകൊണ്ടിരിക്കുന്ന ആള് ജനാർദ്ദനസ്വാമിയെ ജീവിതം ഇഷ്ടദൈവമായി വെച്ചുകൊണ്ടിരിക്കുന്ന ആള് ഗുരു മരിച്ചു എന്ന് പറയുമ്പോ ഒരു ഡ്രോപ്പ് കണ്ണീര് വിട്ടില്ലേ അപ്പൊ ഏകനാഥ് സ്വാമിയോട് ചോദിച്ചു ഇത്രയധികം ഗുരുഭക്തിയുള്ള അങ്ങ് ഗുരു മരിച്ചു എന്ന് കേട്ടിട്ട് ഒട്ടും വിഷമിച്ചില്ലല്ലോ ഏകനാഥ് സ്വാമി പറഞ്ഞു മരിച്ചു പോകുന്ന ഗുരുവും അത് കേട്ടിട്ട് കരയുന്ന ഒരു ശിഷ്യനും ആ ഗുരു ഗുരുവുമല്ല ഈ ശിഷ്യൻ ശിഷ്യനുമല്ല ഗുരു മരിച്ചു പോകുന്ന ഒരാളല്ല അത് അഖണ്ഡാകാരമായ ഗുരുവിനെ തത്വം എന്ന് അറിയാത്ത ശിഷ്യൻ ഗുരു കിട്ടിയിട്ട് അയാൾക്ക് പ്രയോജനമില്ല അയാളുടെ ഗുരു മരിച്ചു പോകുന്ന ഒരു ഗുരുവാണ് പിന്നെ ആ ഗുരു എന്തിനു കൊള്ളും നമ്മളെ പോലെ ഒരു മനുഷ്യൻ തന്നെ അപ്പൊ ഗുരു എന്താണ് അഖണ്ഡാകാരമായ തത്വം എന്ന് അറിഞ്ഞിട്ട് സഗുണസാകാരമായി ഗുരുവിനെ ഉപാസിക്കുകയും ചെയ്തു ഗുരു ആ വ്യക്തിയെല്ലാം നല്ലവണ്ണം അറിയുന്നു എന്നിട്ടും ഗുരുവിനെ പന്ത്രണ്ട് വർഷം ഗുരുസേവ ചെയ്തു അത് തന്നെ അദ്ദേഹത്തിന് ഭക്തി അത് തന്നെ അദ്ദേഹത്തിന് ഭക്തി സാധനം പന്ത്രണ്ട് വർഷം ഗുരുസേവ ചെയ്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ആചാര്യൻ പോവാൻ പറഞ്ഞപ്പോ പോയി അപ്പോഴും ഗുരുവിനെ വിട്ടു പിരിയുന്നു ആ വിഷമമൊന്നുമില്ല രാമേശ്വരത്തിലേക്ക് യാത്ര ചെയ്യാൻ പറഞ്ഞു രാമേശ്വരത്തിലേക്ക് യാത്ര പോയി ഗുരു പറഞ്ഞു ഗംഗാജലം കൊണ്ടുപോയി രാമനാഥനെ അഭിഷേകം ചെയ്യണം ഓ കുടത്തിൽ ഗംഗാജലവും എടുത്തുകൊണ്ട് രാമനാഥനെ അഭിഷേകം ചെയ്യാൻ പോയി നോക്കണം ഗുരുവിന്റെ വാക്യം അനുസരിക്കണം എന്നുവെച്ചാൽ എന്താ അർത്ഥം മർമ്മം അനുസരിക്കണം എന്നാണ് ബാഹ്യവാക്കല്ല മർമ്മം അനുസരിക്കണം കുടത്തിൽ വെള്ളം കൊണ്ട് രാമേശ്വരത്തിലേക്ക് പോകുന്നു രാമേശ്വര അമ്പലത്തിന്റെ അടുത്തെത്താറായി നല്ല ചൂട് വെയില് നട്ടുച്ചയ്ക്ക് ഒരു കഴുത ഒരു ചൊട്ടുവെള്ളം കിട്ടാതെ വിഷമിച്ച് ചാവാം കിടക്കണു ഏകനാഥസ്വാമി ഒരു ക്ഷണനേരം പോലും സംശയിച്ചു നിൽക്കാതെ രാമനാഥനെ അഭിഷേകം ചെയ്യാൻ ഇത്രയും ദൂരം കൊണ്ടുവന്ന് ഗംഗാജലം വെച്ചുകൊണ്ട് ആ അടുത്തിരുന്ന് കഴുതയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു അത്രേ ഉള്ള ഭക്തന്മാരൊക്കെ പറഞ്ഞു സ്വാമി എന്താ ചെയ്യുന്ന ഇത്രയും ദൂരം ആ ഗംഗാജലം ചുമന്നുകൊണ്ടുവന്ന് രാമനാഥനെ അഭിഷേകം ചെയ്യേണ്ടത് ഈ കഴുതയുടെ വായിൽ ഞാൻ രാമനാഥനെ അഭിഷേകം ചെയ്യണം ജനാർദ്ദനസ്വാമി ജനാർദ്ദനസ്വാമി പറഞ്ഞത് തന്നെയാണ് ഞാൻ ചെയ്യണത് രാമനാഥൻ അഭിഷേകം ചെയ്യണം ഇതിനെ ഭക്തി എന്ന് പറയണം അല്ലെ അവിടെ കഴുതയെ കണ്ട് ശിവലിംഗത്തിലേക്ക് വെള്ളം കൊണ്ടുപോയാൽ രാമനാഥൻ അവിടെ ചോദിക്കും ഞാൻ വെള്ളം ചോദിച്ചപ്പോ തന്നില്ല അപ്പൊ എന്റെ മണ്ടയിൽ വന്നിരിക്കുകയാണ് അല്ലേ ചോദിക്കും കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോ തന്നില്ല അഹം വൈശ്വാനരോ ഭൂത്ത് പ്രാണിനാം ദേഹമാശ്രിത ഓരോ പ്രാണിയുടെ ദേഹത്തിലും ഞാനുണ്ട് എന്നുള്ള തത്വം അറിയുന്ന ആള് ആ കഴുതയ്ക്ക് അന്നം കൊടുക്കാതിരിക്കുവോ വെള്ളം കൊടുക്കാതിരിക്കുവോ അത് കഴിഞ്ഞ് ഗുരുവിനെ കാണാനായി തിരിച്ചു പോവുക രാമേശ്വര ദർശനം കഴിഞ്ഞ് പോകുന്ന വഴിയിൽ പൈട്ടൺ ഇവരുടെ ഗ്രാമം എത്തിയപ്പോ അപ്പോഴേക്കും ഇവരുടെ മുത്തശ്ശൻ ജനാർദ്ദനസ്വാമിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് ഏകനാഥനെ ഗൃഹസ്ഥനായി ഇരിക്കാൻ അങ്ങ് ഉപദേശിക്കണം ജനാർദ്ദനസ്വാമി ഒരു ലെറ്റർ എഴുതി ഏകനാഥന് കൊടുത്തയച്ചു വിവാഹം കഴിച്ച് ഗൃഹസ്ഥനായിരിക്കണം തിരിച്ചു ഗുരുവിനെ കാണാനേ പോയില്ലേ ആ ലെറ്റർ വാങ്ങിച്ചു പോയിട്ടുള്ളു ഒരു ജ്ഞാനിക്ക് അറിയുള്ളൂ ഗുരു ഭക്തി എന്താണ് ഭക്തി ചെയ്യണമെങ്കിൽ ഗുരു എന്താണ് അറിഞ്ഞിട്ട് ഭക്തി ചെയ്യണം അല്ലെ അപ്പോഴല്ലേ അല്ലെങ്കിൽ എന്താ മറ്റേ കഥ പറഞ്ഞ പോലെ കാല് പിടിച്ചു കഥ പോലെ ആയിപ്പോ ഗുരുതത്വം ഇവിടെ എന്താണ് ആത്മാവേറെയല്ല ഗുരുവേറെ നമ്മളുടെ സ്വരൂപം വേറെയല്ല അതാണ് ഗുരുവാത്മ ദൈവത ദൈവം ഗുരു ആത്മാ ഇത് മൂന്നും ഒരേ തത്വം ഈശ്വരോ ഗുരു ആത്മീയത്തി മൂർത്തിഭേദവിഭാഗിനെ ഒരേ തത്വം ഈശ്വരനായിട്ടും ഗുരുവായിട്ടും ആത്മാവായിട്ടും നിൽക്കുന്നു പഞ്ചമതത്വം എന്ന് അതിനെ പറയും സൃഷ്ടികർത്രി ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രൂപ തിരോധാനഗരീശ്വരി സദാശിവ അനുഗ്രഹതാ പഞ്ചകൃത്യപരായണ പഞ്ചകൃത്യം ഈശ്വരന്റെ സൃഷ്ടി ചെയ്യുമ്പോൾ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുമ്പോൾ വിഷ്ണു സംഹാരം ചെയ്യുമ്പോൾ രുദ്രൻ തിരോധാനം ചെയ്യുമ്പോൾ ഈശ്വരൻ ഇതൊക്കെ ലൗകികമായ കർത്തവ്യങ്ങളാണ് എല്ലാറ്റിനുമല്ല അനുഗ്രഹശക്തി എന്നുണ്ടോ ഒന്നുമുണ്ട് അനുഗ്രഹം അനുഗ്രഹം എന്ന് വെച്ചാൽ സൃഷ്ടിയുമല്ല സ്ഥിതിയുമല്ല സംഹാരവുമല്ല നമുക്ക് ജ്ഞാനം ഉണ്ടാവാം ആത്മസാക്ഷാത്കാരം ഉണ്ടാവുക ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവുക അതിനുള്ള വഴി കാണിക്കുന്നതാണ് അനുഗ്രഹം ആ അനുഗ്രഹം ചെയ്യുന്ന പഞ്ചമതത്വമാണ് ഗുരു ഈ നാല് തത്വവും ലൗകികമാണ് നാല് തത്വവും സൃഷ്ടി ചെയ്യുന്നതും സ്ഥിതി ചെയ്യുന്നതും സംഹാരം ചെയ്യുന്നതും തിരോധാനം ചെയ്യുന്നതും കൊണ്ട് ഒരു മുമുക്ഷു ജീവൻ എന്തു പ്രയോജനം ഭഗവത് പ്രാപ്തിക്കായി ഒരു ജീവന് സൃഷ്ടി സ്ഥിതി സംഹാരവും ആ ഇൻഡസ്ട്രിയൊക്കെ അവിടെ നടക്കട്ടെ എനിക്ക് വേണ്ടത് എന്താ ഭഗവാന്റെ കൃപ ആ കൃപ എവിടുന്ന് കിട്ടും അത് ഗുരുവിൽ നിന്നേ കിട്ടുകയുള്ളൂ അപ്പോൾ ഗുരുവായിട്ട് എപ്പോ ഭഗവാനെ സമീപിക്കുന്നുവോ ഭഗവാനെ നമ്മൾ കുട്ടിയായിട്ട് വിളിച്ചാൽ മടിയിൽ വന്നിരിക്കും ഭഗവാനെ അച്ഛൻ അമ്മ എന്ന് വിളിച്ചാൽ ഭഗവാൻ നമുക്ക് വേണ്ട ലോകകാര്യങ്ങളൊക്കെ ചെയ്തു തരും ഭഗവാനെ നമ്മൾ എപ്പോ സദ്ഗുരു എന്ന് വിളിക്കുന്നുവോ അപ്പോൾ തത്വോപദേശം ചെയ്ത് നമ്മളെ വിമുക്തനാക്കും എങ്ങനെ വിളിക്കണം എന്ന് നമ്മളെ ആശ്രയിച്ചിരിക്കണം നമ്മളുടെ വാസനയെ ആശ്രയിച്ചിരിക്കുന്നു നമ്മളുടെ എവലൂഷനെ ആശ്രയിച്ചിരിക്കുന്നു കുട്ടിയില്ല കുട്ടിയില്ല എന്ന് വിഷമിക്കുന്നവർ കുട്ടിയായി എടുത്ത് മടിയിൽ വെക്കും കളിക്കും നമ്മളുടെ കൂടെ അച്ഛനും അമ്മയും ഇല്ല എന്ന് വിഷമിക്കുകയാണോ പിതാഹമ ജഗതഹ മാത അമ്മയും അച്ഛനുമായി ഭഗവാൻ സേവ ചെയ്യും എപ്പോ ഈ ജീവൻ സംസാരത്താപം കൊണ്ട് വിഷമിച്ച് സദ്ഗുരുവായിട്ട് ഭഗവാനെ വിളിക്കുന്നുവോ അപ്പോ ഭഗവാൻ സദ്ഗുരുവായി വന്ന് ഈ ഗുരു ജീവന് തത്വോപദേശം ചെയ്ത് ഈ ജീവനെ വിമുക്തനാക്കും എങ്ങനെ വിളിക്കണം എന്നുള്ളത് ഈ ജീവനെ ആശ ഒരേ അഖണ്ഡാകാരമായ തത്വം ആ തത്വത്തിനെ അച്ഛനായി കാണാം അമ്മയായി കാണാം കുട്ടിയായി കാണാം സഖാവായി കാണാം ആത്മാവായി കാണാം ശരീരമായിട്ട് കാണാം ജഗത്തായിട്ട് കാണാം വിഷയങ്ങളായിട്ട് കാണാം സദ്ഗുരുവായിട്ടും കാണാം എപ്പോ സദ്ഗുരുവായിട്ട് കാണുന്നു അപ്പോ ആ തത്വം നമ്മളെ സ്വതന്ത്രനാക്കും അപ്പൊ ഇവിടെ അതേ അഖണ്ഡാകാരമായ തത്വത്തിനെ സദ്ഗുരുവായി കണ്ടുകൊണ്ട് അമായ അനുവഷേത് ആത്മാത്മതോ ഹരിഷു പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻ എങ്ങനെ അധ്യാത്മസാധന ചെയ്യണം ഗുരുവിന്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു ശരി ഗുരുവിന്റെ അടുത്ത് പോയി ഗുരുവിന്റെ അടുത്ത് പോയാൽ എല്ലാരും ഉടനെ വിമുക്തരാവില്ല ചിലർക്ക് ഗുരുവിനെ ഒരു ക്ഷണനേരം കണ്ടാൽ ചിലർ കർപ്പൂരം പോലെ അപ്പത്തന്നെ കത്തിപ്പിടിക്കും പക്ഷെ അധികം പേരും വളരെ സ്ലോ പേസിലാണ് അപ്പൊ എന്ത് ചെയ്യണം നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ സാധന ആരംഭിക്കണം ആദൌ ആദ്യം ആദ്യത്തെ എന്താണ് മനസ്സഹ അസംഗം നമ്മളുടെ ഉള്ളിലൊരാളുണ്ടോ മനസ്സ് ആ മനസ്സിനോട് പറയുക മനസ്സേ നീ വേറെ ഞാൻ വേറെ നീ എന്തൊക്കെ കാണിച്ചാലും നിന്നോട് എനിക്ക് സംഘം ഇല്ല നിന്നോട് സംഘമുണ്ടായതിന്റെ ഫലമായിട്ട് ഞാൻ തുള്ളാൻ തുടങ്ങി കുറെ ജന്മമായി നീ എന്ത് വേഷം തരുന്നു കെട്ടി തുള്ളി തുള്ളി തുള്ളി എനിക്ക് ക്ഷീണിച്ചു പോയി തളർന്നുപോയി അതുകൊണ്ട് മനസ്സേ ഐ ഹാവ് ഗിവൺ യു റെസിഗ്നേഷൻ ഓർഡർ ൾസോ ഫ്രീ ആ ദൗ മനസഹ അസംഘം മനസഹ അസംഘം എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഇപ്പോ ഈ മൈക്കിനെ ഞാൻ കാണുന്നു അതുപോലെ എന്റെ ഉള്ളിലുള്ള മനസ്സിനെയും ഞാൻ വേർനിർത്തി കാണണം ദേഷ്യം വന്നാൽ ദേഷ്യം ഞാനല്ല അതവിടെ നിൽക്കണു അസൂയ അസൂയ ഉണ്ട് ഞാൻ അസൂയി അല്ല അസൂയ അവിടെ നിൽക്കണു അതിന്ന് വിട്ടു എന്നർത്ഥം വേർ പിരിഞ്ഞു മനസ്സിൽ നിന്നും ഞാൻ പിരിഞ്ഞു അപ്പോൾ മനസ്സിൽ പഴയ ദുർബല് ദുർ ദൌർബല്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ കൂട്ടുകൂടുന്നില്ല ചിലരുണ്ടാവും ചെറുപ്പകാലത്ത് അറിയാത്തത് കൊണ്ട് ചില ആളുകളുടെ കൂട്ടുകൂടും അവരുടെ കൂട്ടുകാരണം പല ദുസ്വഭാവങ്ങളും ഉണ്ടാവും ഒരു ഘട്ടത്തിൽ അവർക്ക് മനസ്സിലായി നമ്മൾ വീണുപോയി ചീത്ത വഴിക്ക് പോയി ഇനി നമുക്ക് എങ്ങനെയെങ്കിലും കരകയറണം ഒരാളോട് ചോദിച്ചു ഞാൻ എങ്ങനെ കരകയറും ആദ്യം അവന്റെ കൂട്ട് നിർത്തുക ഒരു തന്നെ കൂട്ടി നടക്കണ്ടല്ലോ കൂടെ അതിനെക്കുറിച്ച് ഞാൻ അധികം ഒന്നും പറയണില്ല അവന്റെ കൂട്ട് നിർത്തുക തീരുമാനിച്ചു അവന്റെ കൂട്ട് നിർത്തണം പക്ഷെ നമ്മൾ തീരുമാനിച്ചത് അവനറിയില്ലല്ലോ അവൻ രാവിലെ ഹായ് രാവിലെ പോകാൻ വരൂ എന്ന് പറഞ്ഞ് വിളിക്കാൻ വരും വിളിക്കാൻ വരുമ്പോ ആദ്യം ഞാൻ വരണില്ല എന്ത് പറ്റി വരണില്ല രണ്ടാമത്തെ ദിവസം വന്നു സാധാരണ വന്ന ഉടനെ കോഫി കൊടുക്കും അയാളുടെ കൂടെ പുറപ്പെട്ടു പോകും ഇപ്പൊ കാപ്പിയില്ല വരണൂന്ന് പറയണില്ല അയാളുടെ കൂടെ വർത്തമാനം അധികം പറയണില്ല കുറെ ദിവസം അയാൾ പഴയ പരിശീലനം കൊണ്ട് വന്നുകൊണ്ടേയിരിക്കും പിന്നെ കുറച്ചു കുറച്ചായി നമ്മൾ വിഡ്രോ ചെയ്യണമെന്ന് കാണുമ്പോൾ അയാളും നമ്മളെ വിട്ട് അകന്നു പോകും അതുപോലെ മനസ്സിന് പഴയ പരിശീലനം കൊണ്ട് മനസ്സ് പലതും പറയും മനസ്സ് പലതും പറയും ഞാനിത് ആ ജപിക്കാനിരിക്കാൻ പോകുന്നു മനസ്സയ്യേ ഈ മോഡേൺ വേൾഡിലും ജപമായിൽ സീരിയൽ നടക്കണോ എഴുന്നേറ്റ് പോയി കാണൂന്ന് പറയും അവിടെ പോയി ഇരിക്കണം എന്ന് ശരീരം എങ്ങനെ പൊന്തും ഒരമ്മ പറഞ്ഞു ഞാൻ വെറുതെ സീരിയൽ കാണുന്നു നിർത്തണം എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ തീരുമാനിച്ചിട്ട് നടക്കണില്ല ശരീരം എന്റെ അടുത്ത് ചോദിക്കാതെ എഴുന്നേറ്റ് പോകുന്നു ഓൺ ചെയ്യണോ അതിന് മുമ്പിൽ ഇരിക്കണോ യു ഹാവ് ടു ഓർഡർ അനകല്യാണം മനസ്സ് എവിടെ വേണമെങ്കിൽ പോയിക്കോട്ടെ മനസ്സ് ഞാനല്ല മനസ്സിനോട് പറയാ മനസ്സ് നീ വേണമെങ്കിൽ സീരിയൽ കണ്ടോളൂ ഞാൻ നാമം ജപിക്കാൻ പോണ ശരീരത്തിന്റെ സഹായമില്ലാതെ മനസ്സ് എന്ത് ചെയ്യും ആദോ മനസ്സഹ അസംഗം പക്ഷേ അത്ര പെട്ടെന്നൊന്നും ഈ മനസ്സ് വഴങ്ങി തരില്ല നമുക്ക് അറിയേ ഇല്ല നമ്മളെ കൊണ്ടുപോണത് അല്ലേ ഈ ഒരു സാധന വേണം പക്ഷെ ഈ സാധനം മാത്രമായിട്ട് നമുക്ക് അധികകാലം നിൽക്കാൻ പറ്റിയ മനസ്സ് എന്ത് ചെയ്യും നമ്മളെ അറിയാതെ പൊക്കിക്കൊണ്ടുപോകും നമ്മളെ അറിയാതെ മനസ്സ് പൊക്കിക്കൊണ്ടുപോകും ഒരു വഴിക്ക് അല്ലെങ്കിൽ വേറെ നമ്മളെ പതിപ്പിക്കും മനസ്സ് ഒരു വഴിക്ക് അല്ലെങ്കിൽ വേറെ നമ്മളെ തള്ളിയിടും ഒരാൾക്ക് കാല് ഫ്രാക്ചറായി ഒരുമാതിരി റിപ്പയർ ചെയ്ത് വെച്ചു അയാളോട് പറഞ്ഞു കോണിപ്പടി ഇറങ്ങി കയറരുത് എന്നുമാണ് ശരി ഡോക്ടറെ അടുത്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടറുടെ അടുത്ത് ഫ്രാക്ചർ കട്ട് ഒക്കെ അഴിച്ച ശേഷം ഇനി എനിക്ക് കോണിപ്പടി ഇറങ്ങിക്കയറാവോ ആ ഇനി കയറാം ഹാവു സമാധാനം എനിക്ക് ആ പൈപ്പ് ലൈനിൽ കൂടി കയറി ഇറങ്ങിയിട്ട് മതിയായി ഇയാള് കയറി ഇറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കോണിപ്പടി കയറി ഇറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞ പൈപ്പ് ലൈനിൽ കൂടെ ഇറങ്ങിത്ര ചോട്ടിലേക്ക് പിടിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് മനസ്സ് മനസ്സിനെ ഒരു വശത്ത് പിടിച്ചു നിർത്തിയാൽ വേറെ വശത്തു കൂടെ പോയിട്ട് അത് നമ്മളെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും ഏകാദശിയാണ് ആഹാരം കഴിക്കാൻ പാടില്ല മനസ്സിനോട് കഴിക്കില്ല എന്ത് അരി ഭക്ഷണം കഴിക്കില്ല പിന്നെ എന്താണ് ആറ് ചപ്പാത്തി ഒരു ചൊമ്പ് പാല് രണ്ടു വലിയ നേന്ത്രപ്പഴം പുഴുങ്ങിയത് അപ്പൻ ഏകാദശി നോറ്റു നോറ്റി ഇല്ലെന്ന് മുടിഞ്ഞു പറഞ്ഞൊരു നമ്പൂരി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചെലവ് കൂടുതൽ ഏകാദശി മനസ്സാണ് കണ്ടുപിടിക്കണത് ഇതൊക്കെ സൈഡ് ട്രാക്സ് ഒക്കെ മനസ്സാണ് കണ്ടു അതില്ലെങ്കിൽ ഇത് വേറെ വഴി അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അത് നോക്കാൻ പാണെങ്കിത് നോക്കാം വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണാശ്രമം ഉണ്ടാക്കിയപ്പോ ബ്രഹ്മചാരികൾക്ക് ചില നിഷ്ഠകളൊക്കെ വിധിച്ചു സ്വാമി പറഞ്ഞു ഉച്ച ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കാം ഉറങ്ങാൻ പാടില്ല എന്ന് വിധിച്ചു വേറെ ഒരു സ്വാമി ആ മഠത്തിൽ വന്ന ആളെ കണ്ടു ബ്രഹ്മചാരികളൊക്കെ കിടന്നുറങ്ങുന്നു ഉച്ചയ്ക്ക് അപ്പൊ ബ്രഹ്മചാരികളെയൊക്കെ വിളിച്ച് അദ്ദേഹം ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു വിവേകാനന്ദ പറഞ്ഞു എന്ന് പറഞ്ഞ് കഴുതകളെല്ലാം കിടന്നുറങ്ങാണ് ഒരു അരമണിക്കൂർ വേണമെങ്കിലും റെസ്റ്റ് എടുക്കാം പക്ഷെ ഈ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കിടന്നുറങ്ങാൻ പാടില്ല അപ്പോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബ്രഹ്മചാരികളുടെ കുറുമ്പ് അവർ പറഞ്ഞു വിവേകാനന്ദ സ്വാമിയുടെ വക മണിക്കൂർ ഈ സ്വാമിയുടെ വക അരമണിക്കൂർ നമുക്ക് പൊന്നര മണിക്കൂർ കിട്ടിയെന്നാണ് മനസ്സിനെ നന്നാക്കിയെടുക്കാനേ പറ്റില്ല മനസ്സ് അതിന്റെ പോക്കിന് വിട്ടാൽ നമ്മളെ കമിഴ്ത്തിക്കളയും അത് മഹാചപലമായ കൊരങ്ങനാണ് നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് പറ്റില്ലേ അതുകൊണ്ട് ആദ്യത്തെ ഏർപ്പാട് മനസ്സിനോട് വിച്ഛേദിക്കുന്നു ബന്ധം രണ്ടാമത്തത് സംഗം ച സാധുഷു സാധുക്കളോട് സംഗംന്ന് മനോവിജയം നേടിയിട്ടുള്ള യോഗികൾ ഭക്തന്മാർ തപസ്വികൾ അവരുടെ സംഘത്തിൽ നമ്മൾ ചേർന്നാൽ മലയമാരുതൻ വീശുമ്പോ വിഷറിയ ആവശ്യമില്ല എന്ന് മലയമാരുതൻ വീശുന്ന സ്ഥലത്ത് വിശറി ആവശ്യമില്ല അവരുടെ സംഘത്തിലിരിക്കുമ്പോ നമ്മളെ അറിയാതെ മനസ്സ് സ്വച്ഛം സ്വ സ്വേച്ഛയാ അടങ്ങി ശാന്തമാവും അത് സത്സംഗത്തിന് മാത്രമുള്ള ഗുണമാണ് ഒരു പരിശ്രമം നമ്മളെ അറിയാതെ മനസ്സ് അടങ്ങി ശാന്തമായിട്ടിരിക്കുന്നത് സത്സംഗത്തിലായതുകൊണ്ട് ആദവും മനസഹ അസംഘം സംഗം ചെ സാധുഷു സാധുക്കളോട് സംഘം വെക്കണം അതുമാത്രം പോരാ ചില ഗുണങ്ങളൊക്കെ വളർത്തിയെടുക്ക ദ മൈത്രീം പ്രശ്രയം ചൂത അദ്ധ യഥോചിതം സർവഭൂതങ്ങളോടും ദയാ സകലപ്രാണികളോടും ദയാ കാരുണ്യം ദയാം ഭൂത മഹാത്മാക്കളുടെ ലക്ഷണമേ അതാണ് രമണാശ്രമത്തില് ഒരു ചൊറിയൻപട്ടി ചൊറി പിടിച്ച നായ അടിക്കടിക്ക് ഇടയ്ക്കിടയ്ക്ക് മഹർഷിയെ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് വരാൻ ശ്രമിക്കുകയാണ് മൂന്ന് നാല് ദിവസമായിട്ട് പക്ഷെ ആശ്രമത്തിലുള്ള നായകൾ ഈ ആശ്രമത്തിനകത്ത് കടക്കാനെ അനുവദിക്കുന്നില്ല ആശ്രമത്തിലുള്ളവർ കണ്ടാലും കല്ലെടു ഓടിച്ചു ഒരു ദിവസം രാത്രി കാല് കഴുകാനായിട്ട് മഹർഷി രാത്രി എഴുന്നേറ്റ് കുറച്ച് മലയോരത്തിലേക്ക് പോകും സേവകന്മാരാരെങ്കിലുമൊക്കെ പുറമേക്ക് ഒരു വിളക്കും പിടിച്ചുകൊണ്ട് പോകും അവരെ അറിയിക്കുകയില്ല അദ്ദേഹം എണീറ്റ് പോകണത് പക്ഷെ അവരറിഞ്ഞെണീറ്റ് പോവും കൂടെ ആള് വേണമെന്ന് പറഞ്ഞാൽ അവരെ അറിയിക്കുകയൊന്നുമില്ല അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ടോർച്ച് ഉണ്ടെങ്കിൽ അത് തന്റെ വയറ്റിൽ അടിച്ചുകൊണ്ട് എണീറ്റ് പോകും അത്രേ അവരെ അവരുടെ മേലെ പതിഞ്ഞെണീക്കാതിരിക്കാനായിട്ട് എന്നാലും അവർ എണീറ്റിട്ട് കൂടെ പോകും അങ്ങനെ ഒരു സേവകൻ കൂടെ പോയി കുറച്ചുനേരമായി മനർഷി കാണാനില്ല കാലുകാത്റൂമില് പോയതാണ് കുറെ നേരമായി കാണാനില്ല ഒന്നിന് പോയതാണ് കാണാനില്ല കുറച്ചുനേരം കഴിഞ്ഞപ്പോ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോ ശബ്ദം കേൾക്കണോ ദൂരത്തുനിന്ന് പോരും ഉണ്ടാകും ഉനക്ക് തൃപ്തി അച്ചാ സന്തോഷാച്ച അപ്പോരം എന്ന് പറയുന്നത് കേട്ടു അവിടെ പോയി നോക്കുമ്പോൾ ഈ ചൊറിയം പട്ടി ശരീരം മുഴുവൻ ചൊറി അതിന്റെ മുമ്പിൽ മഹർഷി ഇരിക്കുകയാണ് ഈ പട്ടി മഹർഷിയെ തല മുതൽ കാല് വേറെ നക്കി തുടക്കാം രണ്ട് കാലും മേലെ വെച്ചുകൊണ്ട് ദേഹവും പരമകരുണയോടുകൂടെ അതിനെ തടവിക്കൊടുത്തുകൊണ്ട് അടുത്തിരിക്കുക അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു മേലെ വെള്ളം വിട്ട് തുടക്കിയ പോലും ചെയ്യാതെ വന്ന് കിടന്നു എന്നാണ് വളരെ അല്ലെങ്കിൽ വളരെ സ്പിക്ക് ആൻഡ് സ്പാൻ ആയിട്ടിരിക്കും എല്ലാം തുടച്ച് ക്ലീനായി വൃത്തിയായിരിക്കുന്ന ആള് ഈ പ്രേമത്തോടെ ഈ പട്ടി നക്കി തുടച്ചിട്ട് ഒരു വെള്ളം തൊട്ട് തുടക്കിയ പോലും ചെയ്യാതെ കിടക്കയിൽ വന്നു കടന്നു കിടക്കാന്ന് വെച്ചാൽ മനുഷ്യക്ക് ഈ കിടക്കലേ ഇല്ല ഈ ഒരു ചരിഞ്ഞിട്ടുള്ള ഒരു ഇരിപ്പേ ഉള്ളൂ ആ വന്ന് അവിടെ വന്ന് അടുത്ത ദിവസം രാവിലെ ആ നാളെ അവിടെ ചത്തുകിടക്കാണ് ഈ ഒരു ദർശനത്തിനായിട്ട് ഈ ഒരു സമ്പർക്കത്തിനായി നാലഞ്ച് ദിവസമായി ആ ജീവൻ അവിടെ വട്ടപൊട്ടു വട്ടപൊട്ടു വട്ടപൊട്ട് നടക്കുകയാണെ രാത്രി സ്വയമേവ പോയി അതിന്റെ മുമ്പിൽ അതിന്റെ സ്നേഹം മുഴുവൻ വാങ്ങിച്ചിട്ട് വന്ന് കടന്നു അതിന് തൃപ്തിയായി അടുത്ത ദിവസം അത് ശരീരം വിടുകയും ചെയ്തു ദയാ കാരുണ്യം എന്നുള്ളത് മഹാത്മാക്കളിൽ നിന്ന് നമ്മള് പഠിക്കാം മഹാത്മാക്കളിൽ നിന്ന് നമ്മള് പഠിക്കുന്നു ദയാം മൈത്രി മൈത്രിഭാവം വിഭീഷണ ശരണാഗതിയിൽ ആരും സ്വീകരിക്കാൻ പാടില്ല എന്ന് തള്ളിക്കളഞ്ഞ വിഭീഷണനെ ശ്രീരാമചന്ദ്രൻ പറയുന്നു മിത്രഭാവേന സംപ്രാപ്തം ന്യജേയം കഥഞ്ചന് ദോഷോ യദ്യപി തസ്യത്ത് സദാമേതർ മിത്രമാണെന്ന് പറഞ്ഞ ആരെങ്കിലും എന്റെ അടുത്ത് വരികയാണെങ്കിൽ അയാൾക്ക് എത്ര ദോഷമുണ്ടെങ്കിലും ഞാൻ ഉപേക്ഷിക്കില്ല അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരൂ വിഭീഷണനെ വാനരന്മാരോട് ഓരോടും ഓരോരുത്തരോടും ചോദിച്ചു അവരൊക്കെ പറഞ്ഞു അയാളിപ്പം മിത്രഭാവത്തോട് വരുന്നു പക്ഷെ നാളെ അയാൾ ശത്രുവായിട്ട് തീരു സ്വീകരിക്കാൻ പാടില്ല ഒരു കുരങ്ങിൻ പറഞ്ഞു വേറെ ഒരു വാനരനോട് ചോദിച്ചപ്പോൾ പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യണം അങ്ങനെ ചോദിച്ചാൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കളിയും അങ്ങനെ അത്ര അവർ ചോദ്യം ചെയ്യാം അങ്ങനെ ചോദ്യം ചെയ്തിട്ട് വേണം സ്വീകരിക്കാൻ ഒരു വാനരൻ പറഞ്ഞു വേറെ ഒരു വാനരൻ പറഞ്ഞു വിഭീഷണനെ നമ്മളുടെ കൂടെ ചേർക്കുക പുറകെ ഒരു സ്പൈ ചാരനെ വെക്കണം അയാൾ എന്തൊക്കെ ചെയ്യുന്നു നോക്കാനായിട്ട് സ്വാമി സുഗ്രീവനോട് ചോദിച്ചു വിഭീഷണനെ ചേർക്കണമോ സുഗ്രീവൻ പറഞ്ഞു स्वामी ചേർക്കാനേ പാടില്ല ഇത്രയും കാലം രാവണന്റെ കൂടെ ഇരുന്നവൻ രാവണന്റെ സഹോദരൻ യുദ്ധം വന്നപ്പോൾ രാജ്യം ആഗ്രഹിച്ച് സ്വന്തം ജ്യേഷ്ഠനെ ഒറ്റിക്കൊടുക്കാനായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ആളെ നമ്മളെങ്ങനെ വിശ്വസിക്കും വാൽമീകി പറയണു ഭഗവാൻ ലക്ഷ്മണനെ നോക്കി ഒന്ന് ചിരിച്ചു ഈഷദ് ഉസ്മയമാനഹ ലക്ഷ്മണം പ്രതിലക്ഷണം ഇറ്റ് സ്പീക്സ് വോൾയംസ് എന്താന്ന് വെച്ചാൽ എല്ലാവരും അവരവര് ചെയ്യുന്ന തെറ്റുകളും മറന്നുപോകുവേ സുഗ്രീവൻ ചെയ്തത് ഇത് തന്നെ തന്റെ ഏട്ടനെ കൊല്ലാൻ കൊടുത്തു ഇപ്പോ വിഭീഷണം വന്നപ്പോ തന്റെ തെറ്റൊക്കെ മറന്നുപോയി അത് പറയാതെ പറഞ്ഞു രാമൻ നോക്കിയോ നീ ചിരിച്ചു എന്നാണ് സുഗ്രീവൻ ഇത് പറഞ്ഞപ്പോ എന്നിട്ട് ശ്രീരാമചന്ദ്രൻ പറയാണ് പോയി വിളിച്ചുകൊണ്ടുവരാ സർവേ ഭ്രാതരസ്ഥാത്ത ഭവന്തി ഭരതോപമാ എല്ലാ സഹോദരന്മാരും എന്റെ ഭരതനെ പോലെ ഉണ്ടാവുമോന്ന് മദ്വിതാവാപിതപുത്രാഹ സുഹൃദശ്ശഭവത്വിതാഹ എന്നെ പോലെ ഒരു പുത്രനും ഉണ്ടാവല്ല എന്നാണ് സുഗ്രീവനും വിഷമം ഉണ്ടാവാൻ പാടില്ലല്ലോ അതിനുവേണ്ടി ഒരു ഡിഗ്രി കൊടുത്തു സുഹൃദശ്ശഭവത്വിതാഹ തന്നെ പോലും സുഹൃത്തുണ്ടാവില്ല ശരി പോയി കൂട്ടിക്കൊണ്ടുവരൂ വിഭീഷണോ വാ സുഗ്രീവ യതിവാ രാവണസ്വയം വിഭീഷണന് പകരം രാവണനാണ് വന്നിരിക്കുന്നതെങ്കിലും കൂട്ടിക്കൊണ്ടുവരാ കാരണം എന്താ മിത്രമാണെന്ന് പറഞ്ഞ് ആര് ശരണാഗതി ചെയ്യുന്നു അവനിൽ എത്ര ദോഷമുണ്ടെങ്കിലും ആ ദോഷമൊന്നും ഞാൻ ഗണിക്കണില്ല അവൻ മിത്രം എന്ന് വിളിച്ചുവല്ലോ വിളിച്ചുകൊണ്ടുവരാജേയം കഥന അപ്പോ മൈത്രിഭാവം രാമാവതാരത്തിൽ ഭഗവാൻ കാണിക്കും കൃഷ്ണാവതാരത്തിൽ എല്ലാവരോടും മൈത്രിഭാവം അല്ലെ പശുക്കളോട് മയിലിനോട് ഗോപലുമാലയോട് മൈത്രിഭാവം തന്നെയാണ് കൃഷ്ണാവതാരം മുഴുവൻ കുചേലനോട് എത്ര പേരോട് മൈത്രിഭാവം അർജുനനോട് എല്ലാം മൈത്രിഭാവം അപ്പൊ മൈത്രിഭാവം ഭക്തിയുടെ ഒരു ഭാഗമാണ് ഭഗവാൻ ഭക്തി എന്താണ് എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞു പന്ത്രണ്ടാം അധ്യായം അതുകൊണ്ട് പലർക്കും ഭഗവത്ഗീതയിലെ ആ ഭാഗമൊന്നും പിടിക്കില്ല എന്താന്ന് വെച്ചാൽ കണ്ണീര് വിടൽ പറഞ്ഞില്ല നാമം ജപിക്കൽ പറഞ്ഞില്ല ഭസ്മമിടലോ ചന്ദനമിടലോ പറഞ്ഞില്ല രുദ്രാക്ഷം ഇടലോ തുളസിമാല ഇടലോ പറഞ്ഞില്ല ഒരു മൂർത്തിയെ വെച്ച് ആരാധിക്കൽ പറഞ്ഞില്ല പ്രേമം എന്ന് പ്രേമത്തോടെ കണ്ണീര് വിടലോ ആർദ്രമാവലോ പോലും പറഞ്ഞില്ല ഭക്തന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു ഇതെന്ത് ഭക്തി ലക്ഷണങ്ങൾ തോന്നും ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാഹ്യ ലക്ഷണങ്ങൾ വേണം ബാഹ്യ ലക്ഷണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാം അല്ലെ രുദ്രാക്ഷം ഇടാൻ ഇപ്പൊ എന്താ ബുദ്ധിമുട്ട് ഏത് കടയിലും വേണമെങ്കിലും കിട്ടും വാങ്ങിച്ചിടാം തുളസിമാലയിടാൻ എന്താ ബുദ്ധിമുട്ട് ആർക്ക് വേണമെങ്കിലും ഇടാം ഊർധ്വപുണ്ഡ്രമോ ഭസ്മോ ധരിക്കാൻ എന്ത് വിഷമം എവിടെയും കിട്ടും ആർക്കും വാങ്ങിയിടാം ഇനിയിപ്പോ കണ്ണീര് വിടൽ പോലും പലരും അതേപോലെ ആക്ട് ചെയ്ത് കളയും ചിലരൊക്കെ പാട്ടുപാടാൻ തുടങ്ങുന്നതിന് മുമ്പേ കണ്ണീർ വിട്ടുകളും ചില ആളുകൾ അതുപോലും നടിച്ച് ചെയ്തു കളയും കണ്ടുപിടിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും ഭക്തിയെ അപ്പൊ ഭക്തിയുടെ ലക്ഷണം ഭഗവാൻ പറഞ്ഞു അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ നിർമ്മമോ നിരഹംകാര സമദുഖ സുഖക്ഷമീം സന്തുഷ്ട സതതം യോഗി യഥാത്മാടനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ മത്ഭക്തിയ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ ആരാണ് ഒരാളെയും വെറുക്കുന്നില്ല അദ്ദേ ആദ്യത്തെ ലക്ഷണം അദ്വേഷ്ടം മൈത്ര സർവപേരോടും മൈത്രിഭാവം മൈത്ര കരുണയെ വെച്ച ദുഃഖിക്കുന്നവർ വിഷമിക്കുന്നവരോട് കാരുണ്യം നിർമമോ എന്റേത് എന്നുള്ള ഭാവമില്ല നിരഹങ്ക അഹങ്കാരവും ഇല്ല സമദുഖ സുഖക്ഷമി തന്റെ ജീവിതത്തിൽ സുഖമോ ദുഃഖമോ വരുമ്പോ സമഭാവം അതുമാത്രമല്ല സന്തുഷ്ട സതതം എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു ഭക്തന്റെ ലക്ഷണമാണ് ഉറക്കം തൂങ്ങി ചിലരെ കണ്ടാൽ രാവിലെ എണീറ്റു അതിനെ കണ്ടു ഇന്നത്തെ ദിവസം മുഴുവൻ പോയി അത് ഭക്തിയുടെ ലക്ഷണമല്ല ഭക്തനെ കാണുമ്പോ ആനന്ദമാണ് ഭക്തി അപ്പോ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ഇന്ദ്രിയ നിഗ്രഹമാണ് ദൃഢനിശ്ചയ ഭഗവാൻ മാത്രം ജീവിതത്തിന്റെ പരമലക്ഷ്യമെന്ന് നിശ്ചയം ചെയ്തിരിക്കുന്നു മയ്യർപ്പിത മനോബുദ്ധി ഫലത്തിനെക്കുറിച്ചുള്ള ചിന്തയില്ല മനസ്സ് ബുദ്ധിയൊക്കെ ഭഗവാൻ അർപ്പിതം അങ്ങനെ യാതൊരു ഭക്തനുണ്ടോ അവൻ എനിക്കേറ്റവും പ്രിയപ്പെട്ടവനാണ് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടവനാണ് അപ്പൊ ദയാം മൈത്രിയും മൈത്രിഭാവം അവിടെ പറഞ്ഞു പ്രശ്രയം ചരണാഗതി ദയാം മൈത്രിയും പ്രശ്രയം ഭൂതേഷു അദ്ധ യഥോചിതം ശൌചം തപഹാ തിദിക്ഷാ മൗനം സ്വാധ്യയം ആർജവം ശൌചം ശാരീരികമായ ശൗചം കുളിക്കുക ശുദ്ധവസ്ത്രം ധരിക്കുക ശുദ്ധിയോടെ ഇരിക്കുക ആ ശുദ്ധിയായ സ്ഥലവും ശുദ്ധിയായ വ്യക്തിയും കാണുമ്പോ തന്നെ ഒരു ഭഗവത്ഭാവം ഉള്ളിലുണ്ടാവും ശാരീരികമായ ശൗചം പക്ഷേ ശാരീരികമായ ശൌചം മാത്രം മതിയോ പോരാ അന്തരശൌചവും വേണം സ്നാനം മനോമല ത്യാഗാഹം മഹാഭാരതത്തിൽ ധർമ്മപുത്രരോട് യമൻ ചോദിച്ചു എന്താണ് സ്നാനം ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുക ആരെങ്കിലും സാധാരണ ആളുകൾ പലരോടും ചോദിച്ചു അവരൊക്കെ പറഞ്ഞു മുക്കും പൊത്തിക്കൊണ്ടു വെള്ളത്തിൽ മുങ്ങണം എന്നിട്ട് സോപ്പ് തേക്കണം എന്നിട്ട് വീണ്ടും വെള്ളത്തിൽ മുക്കണം എന്നിട്ട് തുറത്തു കൊണ്ട് തുടയ്ക്കണം ചിലർ പറഞ്ഞു അങ്ങനെയല്ല കഴുത്തോടെ കുളിച്ചിട്ട് എണീക്കണം ചിലർ പറഞ്ഞു ഉടുത്ത തുണി അഴിച്ചു വെച്ച് ആറുമാസത്തിനൊരിക്ക വെള്ളത്തിൽ മുങ്ങണം അവരവരുടെ വ്യാഖ്യാനം സ്നാനത്തിന് ധർമ്മപുത്ര ചോദ്യം ചോദിച്ചപ്പോഴേ മനസ്സിലാക്കി ഇങ്ങനെ ഒരു സാധാരണ ചോദ്യം യമധർമ്മം ചോദിക്കുമോ അപ്പോ സ്നാനം എന്താണ് മനോമലത്യാഗ മനസ്സിലെ മലത്തിനെ ത്യാഗം ചെയ്യുന്നത് സ്നാനം എന്ന് പറഞ്ഞു അപ്പോ അതും ശൗചത്തിൽ ഏറ്റവും മുഖ്യം ശൗചം ശരീരശൗചം വളരെ പ്രധാനം യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷി പറയുന്നു ശരീരശൌചം നല്ലവണ്ണം പാലിക്കുക എന്നുവെച്ചാൽ അനാവശ്യമായി ആരെയും തുടരുത് അതു പറഞ്ഞാൽ അതു വലിയൊരു കാര്യമാക്കി തീർക്കരുത് അതും വളരെ ജാഗ്രതയായി അനാവശ്യമായി ആരെയും സ്പർശിക്കരുത് ശരീരത്തിനെ ശുദ്ധമാക്കി വയ്ക്കുക ദേഹത്തിനെ കുളിക്കുക നാമം ജപിക്കുന്നത് കൊണ്ട് ദേഹത്തിലെ നാടിനരമ്പുകളൊക്കെ ശുദ്ധമാവും അങ്ങനെ ശരീരം ശുദ്ധമായി ഒരു വിധത്തിൽ ശുദ്ധമായാൽ അതിന്റെ ലക്ഷണം എന്താ സ്വാംഗ ജുഗുപ്സരീര സംസർഗ പതഞ്ജലി മഹർഷി പറഞ്ഞു തന്റെ അംഗത്തിനോട് തന്നെ ജുഗുപ്സ വരൂ എന്താ കൊറേ വൃത്തിയാക്കി വൃത്തിയാക്കി ഒരു കാര്യം മനസ്സിലാവും വൃത്തിയാവില്ലാന്ന് മനസ്സിലാവും മലമാംസമയം വപ്പു അപ്പൊ മറ്റു ശരീരങ്ങളോട് സംഘമുണ്ടാവോ ഫാസിനേഷൻ ഉണ്ടാവോ ഇപ്പൊ നമുക്ക് മുഴുവൻ ശരീരത്തിന്റെ ഫാസിനേഷൻ അല്ലേ െ പല വിധത്തിൽ വേഷം കെട്ടി പലവിധത്തിൽ ബ്യൂട്ടി പാർലറും പല വേഷം കെട്ടലും പെയിന്റ് അടിക്കലും ചായം പൂശലും തള്ളന്മാരായാലും എൺപത് വയസ്സായാലും അപ്പോഴും പോയിട്ട് വന്നാൽ വേണ്ടില്ലാന്ന് ആഗ്രഹം വേഷം കെട്ടിയിട്ട് സ്ത്രീകളെ മുഴുവൻ കച്ചവട ചരക്കാക്കിയിരിക്കുക വേഷം കെട്ടി വേഷം കെട്ടി ദേഹത്തിനെ പല വേഷം കെട്ടി പല ആകർഷണം ഉണ്ടാക്കിയിട്ട് ആകർഷിച്ചിട്ട് എന്ത് കിട്ടാന ദേഹം കുറെ കഴിയുമ്പോൾ നാറിപ്പോകും മാംസപ്പിണ്ഡം മലമാംസമയം വപുഹ അപ്പൊ അതറിയാനാണ് ശൗചം ശൗചം അതറിയാനാണ് ഇത് നേരെ ചൊവ്വയെ എന്നിട്ട് വേഷം കെട്ടും സുഗന്ധം സെൻഡൊക്കെ പൂശിയതുകൊണ്ട് ശൗചമാവില്ല ശരീരത്തിന് രണ്ടു നേരമെങ്കിലും സ്നാനം മുഖ്യം ആചമനാദികളും അനുഷ്ഠാനങ്ങളും നാമജപവും ഇതൊക്കെ തന്നെ ശൌചത്തിന്റെ ഭാഗമാണ് ശൗചം തപ തപസ് തപസ് എന്താണ് തപസ്വധർമ്മ അവനവന്റെ ധർമ്മത്തിനെ നിഷ്കാമ്യമായി അനുഷ്ഠിക്കുന്നത് ഒരു തപസ് അവരവരുടെ ധർമ്മം എന്താണോ അതിൽ നിഷ്കാമ്യമായിട്ട് ഫലേച്ച കൂടാതെ ഭഗവതാരാധനയായിട്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ തപസ് നാമജപം നിഷ്കാമ്യമായിട്ട് ജപം നിഷ്ഠയോട് ചെയ്യുന്നത് ഒരു തപസ് മനസ്സശ ഇന്ദ്രിയാണാംച്ച ഐകാഗ്രിയം പരമം തപ മനസ്സും ഇന്ദ്രിയങ്ങളെയും ഒക്കെ ആത്മാവിലോ ഭഗവത് രൂപത്തിലോ ഏകാഗ്രപ്പെടുത്തുന്നത് തപസ് ഏറ്റവും സൂക്ഷ്മമായ അർത്ഥത്തിൽ അഹങ്കാരത്തിനെ ഉദിക്കാൻ അനുവദിക്കാതെ മൂലത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് തപസ് അഹമപേതകം നിജവിഭാനകം മഹതിതം തപഹ മഹത്തായ തപസ് എന്താ അഹങ്കാരം ഉദിക്കാൻ അനുവദിക്കാതെ മൂലത്തിൽ അടക്കിവെക്കുന്നത് തപസ് അപ്പോ ശൗചം തപഹ തിക്ഷ തിക്ഷുവെച്ചാൽ എത്ര ദുഃഖങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും മറ്റുള്ളവരോടും പറയാതെ ആരോടും പറയാതെ താനും വിഷമിക്കാതെ അതൊക്കെ സഹിക്കാനുള്ള ശക്തിയാണ് തിദിക്ഷ സഹനം സർവദുഃഖാണാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിക്ഷാനിഗദ്യത്തെ സർവദുഃഖങ്ങളെയും കൂടാതെ ചിലരൊക്കെ സഹിക്കും നമുക്ക് ചിരിച്ച് ചിരിച്ച് സഹിക്കോളൂ ഞാൻ വെച്ചിട്ടുണ്ട് ഉള്ളിലുണ്ടാവും എന്നൊക്കെ ഞാൻ പിന്നെ നോക്കിക്കോളാവും പ്രതികാര ബുദ്ധി അതില്ല ചിന്തിക്കണില്ല തന്റെ വിഷമത്തിനെ കുറിച്ച് ചിലരെപ്പോഴും അവരവരുടെ ചെറിയ ചെറിയ വിഷമത്തിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും താൻ വിഷമിക്കുന്നുമില്ല അങ്ങനെ ദുഃഖങ്ങളെ സഹിക്കാനുള്ള ശക്തിയാണ് തിരിക്ഷ അത് തന്നെ ഒരു തപസ്സാണ് കുന്തി ദേവി എത്ര വിഷമിച്ചു എത്ര ദുഃഖിച്ചു എന്നിട്ട് ഭഗവാനോട് പറയുന്നു വിപതഹാ സന്തുനഹാ ശശ്വത്ത് തത്ര തത്ര ജഗദ്ഗുരു ഹേ ഭഗവാനെ എന്തൊരു കരുണ ഇത്രയധികം കഷ്ടം തന്നതുകൊണ്ട് എനിക്ക് ഭക്തി വന്നു ഇത്രയധികം ദുഃഖം തന്നതുകൊണ്ട് ആ ദുഃഖം തന്നെ ഭക്തിക്ക് കാരണമായിട്ട് തീർന്നു അതുകൊണ്ട് തിരിക്ഷൗചം തപഹ തിരിക്ഷാം മൗനം മൗനം എന്താ ആ അടച്ചു പിടിക്കൽ ഒരു മൗനമാണ് മൗനവ്രതം ആഴ്ചയിൽ ഒരു ദിവസം മൗനവ്രതം വരുന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും അനാവശ്യമായി എത്രയധികം വർത്തമാനം പറയണമെന്ന് അറിയാം പല കുഴപ്പങ്ങളും ഇല്ലാതാവും വീട്ടില് അപ്പൊ ഒരു കാര്യം മനസ്സിലാവും നമ്മളാണോ കുഴപ്പമുണ്ടാക്കുന്നത് നമ്മളൊരാള് മൗനമായി വീട് ഇത്ര ശാന്തമായെങ്കിൽ അപ്പൊ കുഴപ്പമൊക്കെ വരുന്നു എന്നിൽ നിന്നും വരുന്നു മൗനം പലതും നമ്മളുടെ മനസ്സിൽ വരുവേ പറയണം എന്ന് പറഞ്ഞ് തോന്നും പറയില്ലല്ലോ അപ്പോ കാണാൻ നമുക്ക് ഈ പറയാത്തത് എത്ര കാര്യങ്ങള് കുഴപ്പമില്ലാതെ പോണു പറഞ്ഞതുകൊണ്ട് അതിപ്പോ ശരിയാണ് പോണില്ല എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചല്ല ആരെങ്കിലും വന്ന് നിങ്ങളുടെ അടുത്ത് വേറെ ആരെങ്കിലും ഒക്കെ കുറ്റം പറയും കുറ്റം പറയുമ്പോൾ എന്ത് ചെയ്യണം സപ്തമസ്കന്ധത്തിൽ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കും ആരെങ്കിലും വന്ന് നിങ്ങളുടെ അടുത്ത് അമ്മായി അമ്മയെക്കുറിച്ച് ഭാര്യ ഭർത്താവിനോട് കുറ്റം പറഞ്ഞാൽ ഭർത്താവ് എന്ത് ചെയ്യണം സാധാരണ എന്തു പറയും അമ്മയോട് പ്രിയമുള്ളവനാണ് എന്റെ അമ്മയെ അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞിട്ട് പറയും അല്ലെങ്കിലോ എന്റെ അമ്മ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അമ്മയെക്കുറിച്ച് കുറ്റം ഭർത്താവും പറയും ഇതാണ് ഒന്നിൽ അനുമതിക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക ഇത് രണ്ടും ചെയ്യാൻ പാടില്ല നാരദൻ പറയണു ഒരാൾ ഒരാളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് കുറ്റം പറഞ്ഞാൽ മൌനമായിട്ടിരിക്കുക അല്ലെങ്കിൽ എന്താവും എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പാടില്ല ആരെക്കുറിച്ചും നമ്മൾ കുറ്റം പറയാൻ പാടില്ല എന്ന് അയാൾക്ക് ഉപദേശിക്കാൻ പോയാൽ അയാൾ ആരെക്കുറിച്ച് പറഞ്ഞു അത് നിർത്തിയിട്ട് നമ്മളെക്കുറിച്ച് പറയാൻ തുടങ്ങും മാറില്ല അവൻ വലിയ ആള് വന്നിരിക്കണോ ആരെയും കുറ്റം പറയില്ല അവന്റെ കാര്യമൊക്കെ എനിക്കറിയുമൊന്നും പറയാൻ കൊള്ളില്ല പിന്നെ നമ്മളുടെ ചരിത്രമാവും പുറത്തേക്ക് അപ്പൊ അതുകൊണ്ട് ഒന്നും എല്ലാ കാര്യവും അതാത് സ്ഥലത്ത് നിർത്തണമെങ്കിൽ ഒരു കാര്യം മൗനം മൗനം വായുമൗനം പിന്നെ എന്താവും അത് മനോമൗനമായിട്ട് തീരും കാഷ്ടാമൗനം ഉള്ളിൽ മൗനമായിട്ട് തീരും മനസ്സ് ശാന്തമാവും നിശ്ചലതത്വം നിശ്ചല തത്വം ഉള്ളിലേർപ്പെടും മൗനം സ്വാധ്യായം ആർജവം ഭാഗവതം സദ്ഗ്രന്ഥങ്ങളെയൊക്കെ പഠിക്കുക ഭഗവത്ഗീത പഠിക്കുക ഭാഗവതം പഠിക്കുക അതിന് സ്വ അധ്യായം എന്ന് പേര് എന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നു നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിനെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നു ഞാൻ ദേഹമല്ല ഞാൻ മനസ്സല്ല ഞാൻ ബുദ്ധിയല്ല ഞാൻ അഹങ്കാരമല്ല യഥാർത്ഥത്തിൽ ഞാൻ ശുദ്ധപ്രജ്ഞയെ സ്വരൂപമായ ആത്മാവാണ് ചൈതന്യമാണ് ബോധമാണ് ് കേട്ട് കേട്ട് ഉള്ളത് ഉറപ്പിക്കാനായി ദിവസം ഈ ഗ്രന്ഥങ്ങൾ പഠിക്കും തോറും ഇത് ഓർമ്മ വരുന്നതുകൊണ്ട് സ്വ അധ്യായം നമ്മളെ തന്നെ നമ്മൾ അധ്യയനം ചെയ്യുന്നു സ്വാധ്യായം എന്തിനാ മറ്റുള്ളവരെ പഠിപ്പിക്കാനല്ല എനിക്ക് ബുദ്ധിയിൽ പലതും അറിയാനും അല്ല തന്നെ കണ്ണാടിയിൽ ദിവസം കാണുന്ന പോലെ സ്വരൂപം കാണാനാണ് സ്വാധ്യായം പിന്നെ ആർജവം ഉള്ളൊന്നും വച്ച് പുറത്ത് മറ്റൊന്നും പറയാൻ പാടില്ല സ്ട്രേറ്റ് ഫോർവേഡ് റിജുബുദ്ധി അങ്ങനെയുണ്ടെങ്കിൽ ഉപദേശം പെട്ടെന്ന് അകത്ത് പോവും സ്വാധ്യായം ആർജവം ബാക്കിയൊക്കെ നമ്മൾ നാളെ കാണാം ഇത് നല്ലൊരു ഭാഗമാണ് നമുക്ക് ഗുരുസമീപനം ഭാഗവതധർമ്മോപദേശം ഇത് വളരെ പ്രധാനമായ ഒരു പാർട്ടാണ് നമുക്ക് നാളെ കാണുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തണം ഇനി രണ്ടു ദിവസമേ ഉള്ളൂ ഈ രണ്ടു ദിവസത്തിൽ ഇനി ഉദ്ധവ ഉപദേശം ഒന്നും കടക്കില്ല നവയോഗി ഉപാഖ്യാനം മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ ഇത് തന്നെ നമുക്ക് ഇത്ര വിസ്താരമായിട്ടും മറ്റൊരു സ്ഥലത്തും നമ്മൾ കാണില്ല അപ്പോ ഉദ്ധവ ഉപദേശം ഇനി ഭഗവാൻ എപ്പോഴാണോ നമുക്കൊരു സമയം ഉണ്ടാക്കുന്നത് അപ്പോ വീണ്ടും ഇതേപോലെ ഉദ്ധവ ഉപദേശം പതുക്കെ പതുക്കെ പതുക്കെ ഇതൊരു മഹാസമുദ്രമാണ് ഏകാദശം ഉപദേശിച്ചിട്ട് സുഖബ്രഹ്മ മഹർഷി പറയുന്നു അവസാനം യേതത് ആനന്ദ സമുദ്ര സംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം ആനന്ദസമുദ്രം എന്നാണ് പേരതിന് അപ്പോ ഈ ആനന്ദ സമുദ്രത്തിനെ അല്പ അല്പ അല്പം തുള്ളി തുള്ളിയായിട്ടേ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ നമുക്കത് മറ്റൊരവസരത്തിൽ വിസ്തരിച്ച് കുറച്ചു കുറച്ചായിട്ട് കാണാം